ചില ചോദ്യങ്ങൾ സംശയങ്ങളുണ്ട് ഒന്ന് ഗുരുവിൻ്റെ ആവശ്യം ഇല്ല എന്ന് സ്വാമി പറഞ്ഞു ആര് പറഞ്ഞു സ്വാമി പറഞ്ഞതാരാണ് ഗുരുവാണ് ഇല്ലേ അത് പറയാൻ തന്നെ ഒരാൾ വേണമല്ലോ അപ്പൊ ഗുരു ഗുരു സാന്നിധ്യമാണ് അപ്പൊ ഗുരുവിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാഷായ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മുടെ വ്യക്തിത്വത്തെ തളച്ചിടരുത് എന്ന് പറയാം അതിൻ്റെ സൂചനയാണ് തന്നത് അതായതിപ്പോൾ ഒരാൾക്ക് നാല് മണിക്ക് എഴുന്നേൽക്കണം നാലു മണിക്ക് എഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് സ്വയം സാധിക്കുമെങ്കിൽ നല്ലത് തന്നെ സ്വയം നാലുമണിക്ക് ഉണരാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നല്ലത് അല്ല അയാൾക്ക് അലാമിന്റെ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം അലാം എന്താണോ ചെയ്യുന്നത് അതേ ഗുരു ചെയ്യുന്നുള്ളൂ അതേ ചെയ്യാവൂ അതിലപ്പുറം ചെയ്യരുത് എന്ന് പറയാം മനസ്സിലായി അപ്പൊ ആ സാന്നിധ്യത്തെ നിങ്ങളുടെ ഉണർ ഉണർവിനായി ഉയർച്ചയ്ക്കായി സ്വീകരിക്കാം നിങ്ങൾക്കതിന്റെ ആവശ്യമില്ലേ വേണ്ട അത്തരത്തില് ഈ പരമമായ സത്യത്തിലേക്ക് ഒരുവൻ ഉണരാൻ കാഷായ വസ്ത്രധാരികൾക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ പുൽക്കൊടിൽ മുതൽ ഒരു കരിയിലയ്ക്ക് വരെ സാധിക്കും എന്നാണ് സ്വാമി പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ലാവോത്സുവിൻ്റെ കഥ പറഞ്ഞത് അവിടെയാണ് അല്ലേ ഒരു കരിയില വീഴുന്നതാണ് അദ്ദേഹത്തെ ആ മഹത്തായ സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചത് പ്രേരിപ്പിച്ചത് എന്ന് പറയാം അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അപ്പൊ പ്രപഞ്ചത്തിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വലിയ ജഗദ്ഗുരു എന്ന് ശങ്കരാചാര്യസ്വാമികളെ വിശേഷിപ്പിക്കുന്നതിന്റെ ഒരു കാര്യം ഇതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഓരോരോ കാഴ്ചകളെ അദ്ദേഹം നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്നുണ്ട് നളിനി ദളഗത ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിദ്യ വ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം എന്ന് പറയുന്നുണ്ടല്ലോ അത് ആ ഒരു ദർശനം ആ ഒരു കാഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുരുവാണ് അതുകൊണ്ട് ജഗത്ത് ആർക്ക് ഗുരുവായിരിക്കുന്നുവോ അവനാണ് ജഗദ്ഗുരു അല്ലാതെ പ്രപഞ്ചം മുഴുവൻ ശിഷ്യന്മാർ വേണമെന്നല്ല ശങ്കരാചാര്യസ്വാമികളെ സംബന്ധിച്ച് അതാണ് വിശ്വം മുഴുവൻ താൻ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും തനിക്ക് വലിയ വലിയ പാഠങ്ങൾ സന്ദേശങ്ങൾ ഈ പ്രപഞ്ചം പകർന്നു തരുന്നുണ്ട് അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സാണ് ശിഷ്യൻ്റേത് അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ തല കുമ്പിട്ട് സ്വാമിയെ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറം വന്നിട്ട് വേറെ വരും എന്ന് പറയാം സ്വാമി ഏതാളെന്ന് അറിയാം പിന്നെ നമ്മളായിട്ട് ഒന്നും വേണ്ടല്ലോ ഇല്ലേ അതുകൊണ്ട് ഒരു സമർപ്പണം ഒരു വിനയാന്വിതമായ ഒരു ഭാവം അത് ഈ വിഷയത്തോട് നമുക്ക് വേണമെന്ന അത് കിട്ടിക്കഴിഞ്ഞാലോ ഞാൻ ശിഷ്യനായി ചിലർ പലരും അവകാശപ്പെടുന്നുണ്ട് ഞാൻ ശിഷ്യനാണ് എന്ന് അർജുനൻ ശിഷ്യഭാവത്തെ അവതരിപ്പിച്ചു രണ്ടാം അധ്യായത്തിൽ ഇല്ലേ ഇത് നമുക്ക് ഈ ഒരു സമീപനം നമുക്ക് വന്നാൽ പിന്നെ ഗുരുവും ശിഷ്യനും അത് അത് ഭാരതത്തിൽ സ്വാമി പറഞ്ഞു ലോകത്തിൽ വേറെ എവിടെയും കാണില്ല ഇത്തരത്തിലൊരു ബന്ധം ഇത്രയും ശക്തമായ ബന്ധം വേറെ എവിടെയില്ല എന്ന് പറയാം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ പാരസ്പര്യം ഭാര്യ ആ ഭർത്തൃ ബന്ധത്തിലൊന്നും അതില്ല പിന്നെ അത് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവ് ഗുരുവായിരിക്കുന്ന സമയത്ത് മകൻ അച്ഛൻ ഗുരുവാകുന്ന സമയത്താണ് ആ ബന്ധത്തിന് കൂടുതൽ ഉറപ്പുണ്ടാകുന്നത് യാജ്ഞവൽക്കനും മൈത്രയും തമ്മിലുണ്ടായത് അതാണ് അതുപോലെ തന്നെയാണ് ഉദ്ദാലകനും ശ്വേതകേതു തമ്മിൽ ഉണ്ടായത് എന്ന് പറയും അതിനു മുൻപുള്ള ബന്ധമല്ല തത്തുമസി മഹാവാക്യം ഒരു കഴിക്കുന്ന സമയത്ത് ശ്വേതകേതു ഒരു ശിഷ്യഭാവത്തിലാണ് ഉദ്ദാലകനിൽ നിന്നത് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അതീഹി ഭഗവൻ എന്നാണ് പറയുന്നത് അച്ഛ എന്നല്ല എനിക്ക് ആ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ച് തന്നാലും അതുകൊണ്ട് ഗുരു വേണ്ട എന്നല്ല ഗുരു വേണം അതാര് എന്ന കാര്യത്തിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് വളരെ എന്താ ഈ ഓർക്കുക ക്ലോക്ക് അലാം അതുപോലെയായിരിക്കണം ഗുരു ഇത് നമ്മളെ വേണ്ട സമയത്ത് ഉണർത്തുന്നില്ല എങ്കിലോ അത് ഗുരുവാവുന്നില്ല എന്ന് പറയാം അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സ്വീകരിക്കാം അതുകൊണ്ട് സൂര്യനെ നമുക്ക് ഗുരുവായിട്ട് വരിക്കാം എന്ന് പറഞ്ഞു സമുദ്രത്തെ പറഞ്ഞു നക്ഷത്രങ്ങളെ പറഞ്ഞു പർവ്വതത്തെ പറഞ്ഞു ഗംഗ സ്വാമിജിയെ സംബന്ധിച്ച് ഗംഗയായിരുന്നു ഗുരു തപോവൻ സ്വാമികൾ ശിവാനന്ദ സ്വാമികളൊക്കെ കഴിഞ്ഞാൽ സ്വാമിജി ഗുരുവായി വരിച്ചിട്ടുള്ളത് ഗംഗയെയാണ് ഗംഗയിൽ നിന്ന് വലിയ പാഠം സ്വാമിജി പഠിച്ചിട്ടുണ്ട് അത് താഴേക്ക് ഒഴുകാൻ എന്താ ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി അതൊഴുകുന്നു ആ സമയത്ത് ഒരു ജീവിത ദർശനം വീണ്ടും സ്വാമിജി കാണുന്നു ഒഴുകുന്ന സമയത്ത് ഇതാണ് ജീവിതം സംസാരം എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് ആ ഒഴുക്കിൽ പല തടസ്സങ്ങളും ഉണ്ടാവും ചിലത് വലിയ തടസ്സങ്ങളായിരിക്കും അതിനെയൊക്കെ കവച്ചൊഴുകേണ്ടതുണ്ട് മാറി ഒഴുകേണ്ടതുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളെ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് ഇങ്ങനെ പല വിധത്തിലും വളഞ്ഞും പൊളഞ്ഞും നേരയും കവച്ചും ഇങ്ങനെ ഒഴുകുന്നു ഒഴുക്ക് നിൽക്കുന്നില്ല എന്ന് പറയാ അല്ലാതെ പഴി പറഞ്ഞ് ഗംഗ എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്നില്ല അതുകൊണ്ട് ഗുരുവിന്റെ സംശയം നിങ്ങക്ക് ഇതോടുകൂടി തീരട്ടെ തീരട്ടെ അല്ലെങ്കിൽ ഒന്ന് സ്വാമിയും കൂടെ പ്രാർത്ഥിക്കണം അതും കൂടെ വേണമല്ലോ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വാമി ഇതും പറഞ്ഞിട്ടാണ് പോയത് ഗുരുവൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഗുരുക്കന്മാരിൽ സ്വാമി എന്തെങ്കിലും പറഞ്ഞാലത് അധികമായി പോവുക എന്നറിയില്ല നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എന്ന് പറയാം എല്ലായിടത്തും പോയി നമ്മൾ മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ വരി നിൽക്കുക ഓരോ സ്ഥലത്തും ആ വരിയിൽ നിന്നിട്ട് നമ്മൾ പറയുകയാണ് നീ ഇവിടുന്ന് എത്രാമത്തെ പ്രാഴ്ച ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇവിടുന്നും കൂടെ എടുക്കുക ഇങ്ങനെ പലയിടത്തുനിന്നും കിട്ടുന്ന സ്വാമിമാരുടെ അടുത്തുനിന്ന് മുഴുവൻ ദീക്ഷയായിട്ടും മന്ത്രമായിട്ടും ഇതൊക്കെ കൂടെ എന്നിട്ട് വല്ല ശാന്തിയും കിട്ടുന്നുണ്ടോന്ന് വെച്ചാൽ അതുമില്ല എന്നാ അപ്പൊ ഈ ഓട്ടമുണ്ടല്ലോ ആ ഓട്ടം ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലത്താണ് ഒരു ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ആധ്യാത്മികത അത്ര വലിയ അതിലേക്ക് പോയിട്ടില്ലെങ്കിലും പക്ഷേ നിരീക്ഷിക്കാറുണ്ടായിരുന്നു ചില വീടുകളിലെയൊക്കെ പൂജാമുറിയിൽ ഗുരുക്കന്മാരുടെ ഫോട്ടോ വളരെ ദുർലഭം വീടുകളിൽ വളരെ അപൂർവമായിട്ടുള്ള വീടുകളിൽ രാമകൃഷ്ണദേവന്റെയോ വേകാനന്ദ സ്വാമികളുടെയൊക്കെ പടമുണ്ട് ഇപ്പം പൂജാമുറിയിൽ ഗുരുക്കന്മാരുടെ ഒരു കളിയാണ് അണ്ട് സ്വാമിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരു കരുത്ത് ആർജിക്കാനുണ്ട് ഇത് ചിലപ്പം ഈ വസ്ത്രം ധരിച്ചവർ പറഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളോട് സ്വാമിക്ക് വലിയൊരു ഉത്തരവാദിത്വം വന്നു തരുന്നു പറഞ്ഞ ഗീതയ്ക്ക് മാറ്റം വരില്ല എന്ന് പറയാം സംശയവും വേണ്ട ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുവല്ലോ ആ ആശയത്തിന് ഒരിളക്കവും എന്ന് പറയാം അതുകൊണ്ട് നമ്മുടെ ഗുരു എന്ന് പറയുമ്പം ഇങ്ങനെ ആടി അതുകൊണ്ട് വിഷമം ഉണ്ടാവരുത് നിങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ ആ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സൂര്യനെ ഗുരുവായിട്ട് വരിക്കുമോ സമുദ്രത്തെ വരിക്കൂ ആപൂര്യമാണ് അചലപ്രതിഷ്ഠം എന്ന് ഭഗവാൻ ഉദാഹരിച്ച് കാണിച്ചു തന്നില്ലേ ചൂണ്ടിക്കാണിച്ചു തന്നില്ലേ സമുദ്രത്തെ പോലെ നിലകൊള്ളാനവർന്ന് വരട്ടെ പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഒരിക്കലും തൻ്റെ ആ സ്വതസിദ്ധമായ ഭാവത്തെ കവിഞ്ഞൊഴുകാനോ ഇല്ലാതെയാക്കാനോ പോന്നതല്ല എന്ന് പറയുക അങ്ങനെ അചലം പ്രതിഷ്ഠം ഇളകാതെ അങ്ങനെ നിലകൊള്ളുക അപ്പൊ ഞാൻ സമുദ്രത്തെ ഗുരുവായിട്ട് വരിക്കും ഓരോന്നിനെ സൂര്യൻ സമുദ്രം പർവ്വതം എന്ത് വേണമെങ്കിലും പിന്നെ അവിടെ സംശയം വേണ്ട പിന്നെ പിന്നെയുള്ള സംശയങ്ങൾ ഒന്ന് ഭക്തി ജ്ഞാനം കർമ്മം ഇതിനെക്കുറിച്ച് ഇതിന്റെ ഉയർച്ചയെയും താഴ്ചയെയും കുറിച്ചാണ് ചോദിച്ചത് സ്വാമി എപ്പോഴും പറയുന്നുണ്ട് കുറച്ചുകൂടെ ഉയരണം ഉയരണം സ്വാമി മനസ്സിലാവുന്നില്ല ഞങ്ങളിപ്പോ താഴേന്ന് മുകളിലേക്ക് വന്നതാണ് ഉയരണം ഉയരണം എന്തായി ഉയരണം എന്ന് പറയുന്നത് എതിരായിട്ട് എന്നല്ല അപ്പുറത്ത് എപ്പോഴും സ്വാമി പറയാറുള്ള എതിരായിട്ട് എന്നല്ല അപ്പുറത്ത് എതിരായിട്ട് എതിരായിട്ട് നമ്മൾ കേട്ട് കേട്ട് മതിയായിട്ടിരിക്കുക എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് തെക്തേന ഭുഞ്ചി താഹ എന്ന് പറയുമ്പം എതിരായിട്ട് എന്നല്ല ഒരൽപ്പം മുകളിൽ എന്താ ഈ അൽപ്പം മുകളിൽ എന്ന് പറഞ്ഞാൽ അതിനാണ് താമരയെ ചൂണ്ടിക്കാണിച്ചു തന്നത് താമര നിലനിൽക്കുന്നത് അല്ലെങ്കിൽ താമരയുടെ വേരുകൾ ആഴ്ന്നിരിക്കുന്നത് ചളിയിലാണ് എന്നാൽ താമര അതിൻ്റെ ദുർഗന്ധത്തെ ആ ചളിയുടെ ദുർഗന്ധത്തെ ചുറ്റുപാടിന് കൊടുക്കുന്നില്ല ജലത്തിനതിനെ കുതിർക്കാൻ സാധ്യമല്ല ഇങ്ങനെ അത് കുറച്ച് മുകളിൽ നിലകൊള്ളുന്നു ഇതുപോലെ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന സമയത്ത് സ്വാമി അവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തുവെച്ചാൽ നല്ലതാണ് കുഞ്ഞുണ്ണി മാഷിയുടെ ഒരു കവിത പറഞ്ഞിരുന്നു എന്തായിരുന്നു എന്നറിയാം കഞ്ഞി കുടിക്കാൻ അറിയാമോ ചോറ് അറിയാമോ കൊതുകും മൂട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അറിയാമോ കഞ്ഞി കുടിക്കുക ഇതാണ് താമര ചെയ്യുന്നത് അതായത് വീട്ടിലൊരാൾ വന്നാൽ താൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ വെള്ളം താൻ എടുക്കുന്നു വറ്റിനെ ചോറാക്കിയിട്ട് അന്യന് കൊടുക്കുന്നു നല്ലതിനെ കൊടുക്കുന്നു എന്ന് പറയുക അല്ലാതെ വെറുതെ കഞ്ഞി അടിച്ച് കുടിക്കുന്ന കാര്യത്തെയല്ല കഞ്ഞി താൻ കുടിക്കുന്നു ചോറ് അപരന് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നില്ല ഞാൻ നിനക്ക് തന്നത് ചോറാണ് അങ്ങനെ പറയില്ല ഞാൻ വെള്ളമാണ് കുടിച്ചത് എന്നിട്ടാണ് പക്ഷേ നമ്മൾ കണക്ക് പറയാറുണ്ട് പിന്നീട് എങ്ങനെയൊക്കെയാണ് ഞാൻ വളർത്തിയതെന്ന് അറിയുക തന്നെ കണക്ക് പറച്ചിലല്ല ഇതിൻ്റേതെന്ന് പറയാം അത് നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടേക്ക് കയറി വന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ എണ്ണി വെച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ടോ എണ്ണി ആരെങ്കിലും ഒരിക്കൽ സ്വാമി പറഞ്ഞപ്പോൾ എണ്ണിയില്ലേ എണ്ണാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് നമ്മളത് എണ്ണുന്നില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ നമ്മൾ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഹോളിനകത്തേക്ക് ഇത്ര ദിവസം ഞാൻ കടന്നു വന്നു ഞാൻ ഈ ഹോളിനകത്ത് ഇവിടെ സ്റ്റെയർ കേസിൽ എത്ര പടിയുണ്ട് എന്ന് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി എന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല ഇതൊരു കർമ്മമാണ് ഇതുപോലെ ഞാൻ പലർക്കും പലതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി എവിടെയും വെച്ചിട്ടില്ല ഇതങ്ങനെയല്ല ഏതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞാൻ ഒരു ദിവസം കാപ്പി കുടിക്കാതെ മോൾക്ക് കൊടുത്തു ഇതാ നീ കുടിച്ചു അതിപ്പോഴും ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അന്നൊരു സാരി കൊടുത്തു രണ്ട് സാരി കൊണ്ട അല്ലെങ്കിൽ ഒന്നേ ഉണ്ടോ അത് നീ എടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലും നമ്മൾ കണക്ക് വയ്ക്കുന്നു എന്ന് പറയാം പിന്നെ എവിടെയാണ് നമുക്ക് ത്യാഗത്തിന്റെ മഹത്വം അറിയാം ത്യക്തേന ബുഞ്ചിദാഹ എന്ന് പിടികിട്ടുക അതുകൊണ്ട് ഇത് സംഭവിക്കും സംഭവിക്കണം ഇതൊക്കെയാണ് മുകളിൽ വിരാജിക്കൽ എന്ന് പറയാം ഭക്തിയുടെ കാര്യത്തിൽ നാല് ദൃഷ്ടിയെ പറഞ്ഞു ഈ അടുത്ത് ഒന്ന് വസ്തുദൃഷ്ടി വസ്തുദൃഷ്ടിയിൽ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ കാണുന്നു ഇത് മൈക്ക് അല്ലേ ഇത് പേപ്പർ വേറ്റ് ഇത് പുസ്തകം ഇത് മേശ ഇങ്ങനെ പലതും കാണുന്നു ഒരൽപ്പം കൂടെ ഉയർന്ന ദൃഷ്ടിയെ പറഞ്ഞു പ്രതീക ദൃഷ്ടി അതിലിത് പുസ്തകമാണോ അല്ല ഗീതയാണ് ഭഗവത്ഗീതയാണ് പിന്നെ അമ്മ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു അല്ലേ പിന്നെ ദിവ്യദൃഷ്ടിയെ പറഞ്ഞു അർജുനൻ കണ്ട പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിൽ പരമദിവ്യ ദൃഷ്ടിയെ പറഞ്ഞു ആ കാഴ്ച കണ്ട് അതിനെ പകർന്നു കൊടുക്കാൻ പറ്റി ഇതൊക്കെ ഉയർന്ന ഉയർന്ന തലങ്ങളാണ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചോദിച്ച ആളോട് പറയാം ഇത് ഇതാണ് നമ്മുടെ ഉയർച്ച അതല്ല നമ്മൾ കാണുന്ന കാഴ്ചയിൽ സംശയങ്ങൾ തന്നെയാണ് സ്വാമിയെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും നിന്ന് ഒരു കോർണറിലിരുന്ന് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ അതെന്ത് ദൃഷ്ടിയാണത് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി ഏതൊരു സംസ്കാരമാണോ നമ്മുടെ ഉള്ളിലുള്ളത് ആ സംസ്കാരത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക ഫിൽട്ടർ ഒരു ഒരു അരിപ്പ വെച്ചിട്ടാണ് നാം ആ കാഴ്ചയെ കാണാൻ ശ്രമിക്കുന്നത് അപ്പൊ തൻ്റെ ഉള്ളിലുള്ള സംസ്കാരം താൻ അവിടെ പുറമെ കാണുന്നു അവിടെ ഉള്ളതാരായിരുന്നു അച്ഛനും മകളും അച്ഛൻ ഡൈ ചെയ്തു എന്നുള്ള ഒറ്റക്കുറ്റേ ചെയ്തിട്ടുള്ള അല്ലേ അതുകൊണ്ട് അതേ ഒരു എന്താ പറയുക ചെറുപ്പക്കാരനായിട്ട് തോന്നി കുറച്ച് സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് മകളോട് പക്ഷേ നമുക്കതറിയില്ലായിരുന്നു എന്ന് പറയാം അപ്പം ദൃഷ്ടി ധൃതരാഷ്ട്രന്റെ ദൃഷ്ടിയും എന്താ ഗീതയിൽ ഭഗവാൻ അവതരിപ്പിക്കുന്ന ദൃഷ്ടിയും ദിവ്യം ദദാമി തേ ചക്ഷുഹു ദിവ്യമാർന്ന ചക്ഷുസ് ജ്ഞാനം തന്നെയാണ് ദിവ്യമാർന്ന നേത്രം എന്ന് പറയാ ഇന്നും ഇന്നലെയായിട്ട് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ഭക്തിയെ ഭക്തിയോഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഭക്തിയോഗം പറയാൻ പോകുന്നുണ്ട് ഒന്നുകൂടെ ശരി നമ്മൾ അഞ്ചാം അധ്യായത്തിൽ സന്യാസത്തിൻ്റെ ലക്ഷണത്തെ കണ്ടു തുടർന്ന് ഇനി നിങ്ങൾ വീട്ടിൽ അഭ്യസിക്കേണ്ട പലർക്കും വളരെ താല്പര്യം ആയിട്ടിരിക്കുന്ന ധ്യാനം ധ്യാനത്തെക്കുറിച്ച് സ്വാമി എന്താ മനസ്സിനെ നമ്മൾ ആദ്യം ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് പല രീതിയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പോരാ പോരാ എന്ന് തോന്നുന്നു സ്വാമി പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൂച്ച എലിയെ പിടിക്കുന്ന ഉദാഹരണം എന്താ എന്തിനാ പൂച്ച എന്താ പൂച്ച എലിയെ പിടിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്താ ചെയ്യുന്നത് ഒന്ന് ഉൾവലിയുന്നു എന്ന് പറയും കണ്ട ഉടനെ ചാടില്ല ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കാണണം എല്ലാറ്റിനും ഉണ്ടോ ഒരു ധ്യാനം കൊറ്റി മത്സ്യത്തെ പിടിക്കുന്നതിനും ഉണ്ടൊരു ധ്യാനം െ ഒറ്റക്കാലില് തപസ് എന്നാ പറയാ അപ്പം പൂച്ച ആദ്യം തന്നെ ഒന്ന് വാലൊക്കെ സ്റ്റെഡിയാക്കി കൈയൊക്കെ പതുക്കി വെച്ചു ശരീരത്തെ മുഴുവൻ ഉൾവലിച്ചു കണ്ണൊക്കെ നടച്ചു എന്തിനാണ് അത് ഉൾവലിയുന്നത് ഊർജ സമാഹരണത്തിനായിട്ട് എന്നിട്ട് കർമ്മത്തിന്റെ ഏറ്റവും പൂച്ചയെ സംബന്ധിച്ച ഏറ്റവും എന്താ പറയുക ഉയർന്ന ഉജ്ജ്വലമായ കർമ്മമാണ് അതിൻ്റെ ആ എരയെ പിടിക്കുക എന്നുള്ളത് അതിനൊരൊറ്റച്ചാട്ടാണ് ഇതുപോലെ മഹത്തായ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യന് ധ്യാനം അത്യാവശ്യം പക്ഷേ ആളുകൾ ധരിച്ചിരിക്കുന്നു ധ്യാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാക്ഷാത്കാരത്തിനാണെന്ന് അതുകൊണ്ട് ധ്യാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇതാണ് ഈ ഭാരതവും മറ്റ് ലോകവും തമ്മിലുള്ള വ്യത്യാസം ധ്യാന ശ്ലോകം വിവരിക്കുന്ന സമയത്ത് സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലേ ഇവിടുത്തെ ഒരു കർഷകൻ തൂമ്പ എടുത്ത് മണ്ണിലിറക്കുന്ന സമയത്ത് അവനൊരു ധ്യാനമുണ്ട് ഒന്നുമില്ല അവനാ മൺ എന്താ പറയുക മൺവെട്ടി എടുത്തുകൊണ്ട് ഒന്ന് കണ്ണടക്കി ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളും ആ സ്റ്റെയറിങ് തൊട്ട് ഒന്ന് ഇല്ലേ അവൻ്റേതായിട്ടുള്ളൊരു ധ്യാനം അപ്പൊ താൻ ചെയ്യാൻ പോകുന്നത് ഇന്നതാണ് ആ പ്രവൃത്തിയെ ഇതാ അജ്ഞാതമായ ഏതോ കരങ്ങൾ എന്നെ അതിന് തയ്യാറാക്കുന്നു ആ കരങ്ങൾക്ക് മുൻപിൽ ഒരു നിമിഷം ഞാൻ ഇതാ ശരണാഗതനാകുന്നു ഇതാണതിൻ്റെ താത്പര്യം ധ്യാനത്തിലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇതാണ് ഈ ഭാരതവും മറ്റ് ലോകവും തമ്മിലുള്ള വ്യത്യാസം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 ആ പ്രവൃത്തിയെ ഇതാ അജ്ഞാതമായ ഏതോ കരങ്ങൾ എന്നെ അതിന് തയ്യാറാക്കുന്നു ആ കരങ്ങൾക്ക് മുൻപിൽ ഒരു നിമിഷം ഞാനിതാ ശരണാഗതനാകുന്നു ഇതാണതിൻ്റെ താല്പര്യം ചിലപ്പോൾ ഇതും ഉണ്ടാവും ഈ ഓട്ടോർഷം ഓടിക്കുന്ന ആൾ ഇന്ന് നന്നായി കിട്ടണേ എന്നതാണെങ്കിൽ അത് ധ്യാനമല്ല അത് വേറൊരു ധ്യാനം മറ്റൊരു നിശബ്ദമായിട്ടുള്ളൊരു ധ്യാനമാണ് പലതുണ്ട് ഇതല്ലോ അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ ആ ജാഗ്രത എന്താ പറയുക അങ്ങേയറ്റത്തെ ജാഗ്രതാവസ്ഥയെ പ്രാപിക്കുന്ന ഒന്നാണ് ഇപ്പൊ ജാഗ്രതാവസ്ഥയിലാണോ നാം എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം പിന്നെയോ നമ്മുടെ മനസ്സ് വേറെ എവിടേക്കോ ആണ് അതുകൊണ്ട് മനസ്സുകൊണ്ട് മനസ്സിനെ നിരീക്ഷിക്കുന്ന ഒരേർപ്പാട് അപ്പൊ മനസ്സിങ്ങനെ ഓടി നടക്കുക പലയിടത്തും ആ ഓടി നടക്കുന്ന മനസ്സിനെ നമ്മൾ നമ്മൾ ഓടാൻ വിടുകയാണ് ഇന്നിടത്തേക്ക് ഓടിക്കോളാൻ ഇതിനാണ് ഓരോന്ന് ധ്യാനി നമ്മൾ ഓരോന്ന് സങ്കല്പിക്കുന്നത് ഈ സങ്കല്പങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കലാണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം അപ്പൊ സ്വാമി പുതിയ പുതിയ സങ്കല്പങ്ങൾ തരുകയാണ് എന്തിന് ഇത് മനസ്സിലാക്കാൻ ഇത് പഠിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് പറഞ്ഞു ആറാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിലും പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലും പറയണു ശുചൗദേശേ പ്രതിഷ്ടാപ്യ സ്ഥിരമാസനമാത്മനാത്യുഛശ്രിതം നാതിനിജം ശൈലാജിനലോ കുശോത്തരം തത്രൈക്കം കൃത്യ യഥിത്തെയ ഉപവിശ്യാസനെ യുഞ്ജയാത് യോഗമാത്മ വിശുദ്ധയേ ആത്മവിശുദ്ധയെ യോഗം യുഞ്ചിയാത് ആത്മവിശുദ്ധിക്ക് വേണ്ടിയിട്ട് യോഗത്തെ അഭ്യസിക്കണം എന്തിനാണ് ധ്യാനം അല്ലെങ്കിൽ യോഗം എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറഞ്ഞു ഇനി എങ്ങനെ ശുചൗദേശ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിന്റെ വൃത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ധ്യാനം അഭ്യസിക്കുന്നതോടുകൂടി നമ്മുടെയൊക്കെ വീടുകൾ വൃത്തിയാകണം വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ നടക്കും തോന്നില്ല സ്വാമി കാരണം വീടുണ്ടല്ലോ ഇല്ലേ വീട്ടിൽ എവിടെയും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇല്ല പൂജാമുറിയാണെങ്കിൽ അങ്ങോട്ട് ആ വഴിക്ക് പ്രഭേ അപ്പൊ ശുചൗദേശെ പ്രതിഷ്ഠാപ്യ വീടുകൾ വൃത്തിയാക്കുക എന്നിട്ടോ പറഞ്ഞു അതി ഉച്ചയിലല്ല അധികം മുകളിലാകാൻ പാടില്ല താഴെയാകാൻ പാടില്ല അധികം താഴെയിൽ ഏതെങ്കിലും വാഴക്കൊലയൊക്കെ പഴുപ്പിക്കാൻ വയ്ക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളും അവരുത് മുകളിലും ആകാൻ പാടില്ല സ്ഥിരം ഉറപ്പുള്ളതായിരിക്കണം ചിലർ ആടിക്കളിക്കുന്നതിലൊക്കെ ഇരിക്കും പിന്നെ അവരുടെ ആട്ടവും വളരെ പ്രധാനമാണ് സ്ഥിരം പിന്നെ പറഞ്ഞു വസ്ത്രം തോല് ദർഭ ഇത് മേൽക്കുമേല് അതിന് സ്വാമി വളരെ കാലാനുസൃതമായി ശ്ലോകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പുൽപ്പായ നല്ല രണ്ട് വിരി അത് വൃത്തിയുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കിടക്കുന്നതും പുതയ്ക്കുന്നതും ആകാതിരിക്കട്ടെ അതുകൊണ്ട് പഴയത് കീറിയതൊക്കെ നല്ലതാണ് പക്ഷേ വൃത്തി ഉണ്ടായിരിക്കണം എന്നിട്ടോ ആ ആസനത്തിൽ പ്രതിഷ്ഠാപ്യ അത് സ്ഥാപിച്ച് അവിടെ ഇരുന്നിട്ട് തത്ര ആസനെ ആ പീഠത്തിൽ ഉപവിശ്യ ഇരുന്ന് മന ഏകാഗ്രം കൃത്തുക മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരത്തെ നിയന്ത്രിച്ച് ഇതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഇരിക്കുക എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഇനി ഈ വിഷയത്തിൽ തന്നെ കുറേ സംശയങ്ങളുണ്ട് സ്വാമി ഇങ്ങനെ പായ് വിരിച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ് വേണ്ട നിങ്ങൾക്കൊരു കസരയിലിരുന്നൂടെ അത് ഇരിക്കാം അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനിവിടെ പറയാനുള്ളത് സുഖാസനം എന്നാണ് നിങ്ങൾക്ക് നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട് ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് സുഖാസനം അവിടെ അതൊന്നും പാടില്ല എന്ന് പറയാം പിന്നെ നമ്മളും വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞു പുലർച്ചയ്ക്ക് സമയത്തെക്കുറിച്ചൊക്കെ സ്വാമി പറഞ്ഞതാണ് നിങ്ങൾക്ക് തോന്നുന്ന സമയം തോന്നുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതിന് പൂർണ്ണമായി തയ്യാറാകുന്ന സമയം ഒരിക്കലും നാം നമ്മളെ കബളിപ്പിക്കാൻ അനുവദിച്ചു ഈ വിഷയത്തിൽ വേറെ ആവട്ടെ ആത്മാന്വേഷണത്തിൽ പോലും നമ്മൾ അങ്ങനെയായി കഴിഞ്ഞാലോ അവിടെയുണ്ട് കാരണം ഇപ്പോൾ സ്വാമിയൊക്കെ വീട്ടിൽ വരികയാണ് അല്ലെങ്കിൽ ചില വീടുകളിൽ നമ്മൾ പോയി താമസിക്കും അപ്പോൾ അവിടുത്തെ ഗൃഹനായകനും ഗൃഹനായികയ്ക്കും ഒരു ഒരു പ്രത്യേക ഭക്തിയൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ പാവം പിടുങ്ങാസിനെ വരെ കുളിപ്പിച്ചുകളയും നാല് മണിക്ക് നല്ല ആവശ്യമുണ്ടോ അത് എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ മുള്ളൻ പന്നിയെ പോലെ ഇങ്ങനെ കാണാം അതിൻ്റെയൊന്ന് ആവശ്യമില്ല കുട്ടികൾ ഉറങ്ങിക്കോട്ടെ അവരവരുടെ പതിവ് സമയത്ത് എഴുന്നേൽക്കട്ടെ പിന്നെ ഇവരുടെ വക ഒരു ധ്യാനമാണ് അങ്ങനെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ധ്യാനം പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവരൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിന്നാൽ അതുകൊണ്ട് ആരെയും ആരുടെ മുൻപിലും അവതരിപ്പിക്കാനുള്ള ഒരു പ്രദർശന വസ്തുവല്ല നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുക ബാക്കിയെല്ലാം പ്രദർശിപ്പിച്ചോളൂ പക്ഷേ ഇത് ഇത് നമ്മൾ നമ്മുടേതായിട്ടുള്ള നാ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ വ്യാപാരത്തിൽ വേറെ ആരുമില്ല അങ്ങേയറ്റം വ്യക്തിയാധിഷ്ഠിതം വൈയക്തികം എന്ന് പറയാ ഇത് മറ്റുള്ളവർക്കിതിൽ യാതൊരു ഇടപാടും ഇല്ല അതുകൊണ്ട് നാം നമ്മെ ഒരിക്കലും കബളിപ്പിച്ചുകൂട വഞ്ചിപ്പി വഞ്ചി നാം നമ്മെ വഞ്ചിക്കരുത് എന്ന് പറയാം അതുകൊണ്ടൊരു സമയം ഞാൻ തെരഞ്ഞെടുക്കുന്നു ആ സമയത്ത് ഞാൻ ഇതിനുവേണ്ടി സമ്പൂർണ്ണ സമർപ്പിതനാണ് ആ സമയം തന്നെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് സ്വാമി പറഞ്ഞു അത് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ ഈ ബ്രഹ്മാന്വേഷണത്തിനായിട്ട് പുറപ്പെടുന്ന സമയമാണ് മനസ്സിൻ്റെ നിയം മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൽ ഇതാണ് അടുത്ത അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു തന്നത് ആദ്യം നമുക്ക് നമ്മളോട് ഏറ്റവും വലിയ കടപ്പാട് അമ്മയോട് തന്നെ അതിലപ്പുറ എന്താ പറയുക മാതൃഭാവത്തെ കവച്ചു വയ്ക്കുന്ന യാതൊന്നും തന്നെ ഭാരതം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ടാണ് സന്യാസത്തെ പ്രാപിച്ചിട്ടുള്ള ആ സന്യാസി അമ്മയെ കണ്ടാൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം എന്ന് വിധി സന്യാസിക്ക് ഗുരുവിനെ പോലും നമസ്കരിക്കേണ്ട ക്ഷേത്രങ്ങളിലെ നമസ്കരിക്കേണ്ട പക്ഷേ അമ്മയെ നമസ്കരിക്കണം അപ്പൊ മാതൃത്വത്തെ കവച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു ഭാവത്തെ ഭാരത മനസ്സ് ഋഷി മനസ്സ് കണ്ടെത്തിയിട്ടില്ല അതാണ് ഏറ്റവും ഉദാപ്തമായിട്ടുള്ളത് അപ്പൊ ആ ഒരു ഭാവത്തെ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം അതിനെ ശാന്തമാക്കേണ്ടതുണ്ട് അപ്പൊ ഈ ചിന്തകളൊക്കെ വളരെ എന്താ നമ്മളെക്കുറിച്ച് ഒരാൾ വല്ലാതെ ചിന്തിക്കുന്നുവെങ്കിൽ അപ്പൊ നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക ഇത്രയും പേരും ഒരു പുതുതായിട്ട് നിങ്ങളുടെ വീട്ടിലെ കുടുംബക്കാരോ ആരെങ്കിലും വന്നിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും നിങ്ങളെ നിങ്ങളെ കാണാൻ വന്നതാ നിങ്ങളെ അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം തീവ്രമായിട്ട് അയാൾ പിറകിലിരുന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറയാം നിങ്ങളൊരു ശ്ലോകം ചൊല്ലുന്ന ഗ്യാപ്പിലൊന്ന് തിരിഞ്ഞ് നോക്കും ഇവിടെ അതിന് കാരണം ആ ഒരു സൗകര്യം എന്നാലും നമ്മൾ നോക്കും ആരോ നമ്മളെ വിളിക്കുന്നോ ആരോ എന്തോ ഒരു ഒരു സമാനമായ ആ ചിന്താ നമ്മളെ സ്വാധീനിക്കും അപ്പം അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് ഇവിടെ ഈ കാര്യങ്ങളിലൊക്കെ ധ്യാനവേളയിലെങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമാകേണ്ടതുണ്ട് അമ്മയായിട്ട് വഴക്കടിച്ച് അച്ഛനായിട്ട് വഴക്കടിച്ചിട്ടൊക്കെയാണ് ധ്യാനമെങ്കിൽ നടപ്പില്ല എന്ന് പറയുക കാരണം മനസ്സാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞല്ലോ മനയേവ മനുഷ്യാണ് കാരണം ബന്ധ മോക്ഷയോഹോ ബന്ധത്തിനും മോക്ഷത്തിനും ഹേതുവായിട്ടുള്ളത് അർജുന മനയേവ ഭാഗവതം പറയുന്നുണ്ട് എന്താ ഗ്രഹദോഷമോ കർമ്മദോഷമോ മറ്റുള്ള ജനങ്ങളോ ഒന്നുമല്ല നായം ജനവമേ സുഖ ദുഃഖ ഹേതുഹു മനഃപരം കാരണമാമനന്തി മനയേവ മനസ്സ് തന്നെയാണ് അതിന് കാരണം നമുക്കൊരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എന്ന് പറയാം തീരുമാനം കൈക്കൊള്ളണം ഈ ഒരു സത്യം അതായത് സത്യം എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്നത് അപ്പൊ സർവധർമാൻ പരിത്യേജയിലൊക്കെ നമ്മൾ ഈ കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ എന്നെ അറിയുക എന്നുള്ള വിഷയത്തിൽ ഞാൻ ഒരു തരത്തിലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറയാം ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അറിയും അതിൽ ഒരു സംശയവും ഇല്ല നടക്കോ എന്നുള്ള ചിന്തയെ വേണ്ട അത് വലിയ തടസ്സമാണ് ഇത് കിട്ടോ നോക്കാം അതുകൊണ്ട് ഉപനിഷത്തിലെ ശാന്തിമന്ത്രം നിങ്ങൾക്ക് ഓർമ്മ വേണം അതിലെ അവസാനത്തെ രണ്ടുപേരി ആപ്യായന്തു മമാങ്കാനിയാണ് ധ്യാനത്തിന് മുതിരുന്ന ഒരുവൻ പഠിച്ചിരിക്കേണ്ടത് ഓം ആപ്യു മംഗാണു ശ്രോത്രമദോ ബലമന്ദ്രിയാണിച്ച് ചർവാണി ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മനിരാകുയാം മാ ബ്രഹ്മ നിരാകോത് അനിരാകണമസ്തു അനിരാകരണം മേ അസ്തു തരത്തെ യപനിഷത്സു ധർമാ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എ ഉപനിഷത്സുധർമാഹ തേ മൈസന്തു ഉപനിഷത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എന്നിൽ സംഭവിക്കട്ടെ എന്നിൽ സംഭവിക്കട്ടെ മമ അങ്കാനി ആപ്യായന്തു എന്റെ അംഗങ്ങളെല്ലാം പുഷ്ടിപ്പെടട്ടെ തേജസ്റ്റതാകട്ടെ എന്തൊക്കെയാണത് വാക് വാഗിന്ദ്രിയം ഭഗവത്ഗീതയിൽ പറഞ്ഞു അത് എങ്ങനെയാണ് വാചികമായ തപസ് അപ്യായു മമാങ്കാനി വാക് പ്രാണ ചു ശ്രോത്ര ഇത്യാദി ഇന്ദ്രിയങ്ങളെല്ലാം എന്തുകൊണ്ട് സർവം ബ്രഹ്മ ഉപനിഷത് ഉപനിഷതിൽ പ്രതിപാദിച്ച ബ്രഹ്മമാണ് അത് അതുകൊണ്ട് ഞാൻ അതിനെ നിരാകരിക്കാതിരിക്കട്ടെ ശരീരത്തെ നിരാകരിച്ചുകൊണ്ട് ഒരു സത്യാന്വേഷണം ഋഷി അല്ലെങ്കിൽ ഭാരതീയ മനസ്സ് അവതരിപ്പിക്കുന്നില്ല എന്ന് പറയാ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ് എന്തൊക്കെയാണോ ഉപനിഷത്തിൽ ധർമ്മമായി പറഞ്ഞിരിക്കുന്നത് അതെന്നിൽ സംഭവിക്കണം എന്നാണ് അപ്പൊ ഇവിടെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പൂർവാചാര്യന്മാര് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിൽ സംഭവിക്കണം എന്നിൽ സംഭവിക്കണം ഇതിലൊരു ഇതൊരു ഒരു ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തോടുകൂടിയിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ശാന്തിമന്ത്രം ശാന്തിമന്ത്രം അതായത് ഭാരതത്തിൻ്റെ രീതി ശാന്തമായ മനസ്സിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഒരുവനെ സത്യത്തെ അറിയാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സത്യത്തിലേക്ക് നയിക്കുന്നത് ശാന്തമായ മനസ്സിൽ അശാന്തമായ മനസ്സിൽ ആവിർഭവിക്കുന്ന സംശയങ്ങളെല്ലാം ഒരുവനെ രോഗത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അർജുന വിഷാദ രോഗമായനെ കാരണം ഭഗവാന്റെ ഒരു സാന്നിധ്യമുണ്ട് അവിടെ അപ്പൊ ശാന്തി മന്ത്രം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്ത മനസ്സിനെ ശാന്തമാക്കുന്നതാണ് ഇന്ന ശാന്തി മന്ത്രങ്ങളൊക്കെ അറിയാലോ നമുക്ക് കാണാതെ അറിയാം പക്ഷേ അതിൻ്റെ സാരം അറിയില്ല അതാണ് ഈ കുഴപ്പമേ അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികളോട് നമ്മൾ ബാൽവിഹാർ ക്ലാസ്സിൽ പറയാറുണ്ട് എന്തിനാണ് ഓരോ മന്ത്രങ്ങളും നമ്മൾ ചൊല്ലുന്നത് കുട്ടികൾക്ക് കുട്ടികളോട് പറയുന്ന രീതി തന്നെയായിരിക്കും തോന്നുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നന്നായിട്ട് എന്താ മനസ്സിലാവാൻ അപ്പൊ കുട്ടികളോട് ചോദിക്കും സ്വാമിയെ കണ്ട നിങ്ങൾ ഇനി കണ്ടാൽ ചിരിക്കോ ആ ചിരിക്കും റോഡിൽ വെച്ച് കണ്ട സ്വാമിയോട് എന്ത് പറയും ഹായ് എന്ന് പറയും ഹരിയോം എന്ന് പറയും ശരി നിങ്ങൾ പരിചയമില്ലാത്ത എല്ലാവരോടും ഹായ് ഹരിയോം എന്ന് പറയുമോ അപ്പൊ കുട്ടികളൊക്കെ ചിരിക്കും ഇല്ല അങ്ങനെ ആരാറിയ മറ്റുള്ളവര് ഭ്രാന്തന്മാരാണ് അറിയാത്തവരോടൊക്കെ സംസാരിക്കുക അറിയാത്തവരോടൊക്കെ ചിരിക്കുക ഇല്ലേ ചിലരെ കണ്ടിട്ടില്ലേ അവരെല്ലാവരോടും ചിരിക്കും എല്ലാവരോടും ഓരോരോ എന്താ പറയുക ആംഗിയൊക്കെ കാണിക്കും ഇന്ന് ഇന്ന് പണ്ടൊക്കെ ഒറ്റയ്ക്കിങ്ങനെ സംസാരിച്ചു പോകുന്ന ആളുകളെയൊക്കെ ഇന്ന് അങ്ങനെ എല്ലാവരെയും പ്രാന്തമാരാണെന്ന് പറഞ്ഞുകൂടാ കാരണം ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ആൾക്കാർ അതുകൊണ്ട് ഒറ്റക്കിങ്ങനെ നടന്ന് ഓ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കോഡ്ലെസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ാരെങ്കിലും ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കയ്യിലുണ്ട് എന്നുള്ളൊരു അപ്പൊ അറിയാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭ്രാന്താണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അതറിവിൽ അപ്പം ഈ പ്രാർത്ഥന ശാന്തി മന്ത്രങ്ങളൊക്കെ അറിവിലായിരിക്കണം അപ്പൊ കുട്ടികൾക്ക് വളരെ ഉത്സാഹ ആ ശരിയാണ് അപ്പൊ വെറുതെ സാനാവപവതു സാനവഗുനഖ്ദു എന്നൊക്കെ ചൊല്ലും കുട്ടികൾ അങ്ങനെയാ ചൊല്ലു യാകുന്തേന്തു തുഷാരഹാര തവള എന്നിട്ട് അമ്മ പറയും മോനെ സ്വാമിക്കൊന്ന് ചൊല്ലിക്കൊടുക്കൂ ഏതമ്മ ആ തവളയുടെ ശ്ലോകം ആ നമുക്കേതായാലും ഈ എന്താ ഈ തവള എന്ന് അറിയില്ല പിന്നെ തീരെ ചെറിയ കുട്ടികളെ നമ്മളധികം തിരുത്താനും പോണ്ട അവര് സഹനാവ് ചൊല്ലും സഹനാഗതു സഹനൗ ഗുനു ഗുനാണ് ആദ്യം പക്ഷെ അവരോട് പറയുമ്പോൾ അവർക്ക് എത്ര വേഗം മനസ്സിലാവുള്ളൂ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ അത് എന്താ കുട്ടികളുടെ ഒരു അന്വേഷണമുണ്ട് എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ പരിചയമുള്ളവരോടാണ് നമ്മൾ ചിരിക്കുന്നത് പരിചയമുള്ളവരോടാണ് നമ്മളിങ്ങനെ ഹായ് എന്ന് പറയുന്നത് അപ്പം പരിചയമുള്ളവരോട് നമുക്കത് പറയണ്ടേ തീർച്ചയായിട്ടും പരിചയമുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് ചിരിക്കാതെ ഒന്ന് ഹായ് എന്ന് പറയാതെ നമുക്ക് പോവാൻ പറ്റുമോ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതെ ഈ ഒരു വിഷമമാണ് നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാർക്ക് ഉണ്ടായത് അപ്പൊ അവര് ഈ പ്രപഞ്ചത്തെ നോക്കിയപ്പം അവര് സൂര്യനെ നോക്കിയപ്പോ അയ്യോ സൂര്യനെ അവരങ്ങേറ്റം പരിചയമുള്ളവരാ അതുകൊണ്ട് സൂര്യനെ നോക്കി നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ ത്രൈമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ എന്ന് പറഞ്ഞു നമ സവിത്രേ സവിതാവേ നമസ്കാരം ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ ഹൗ ആർ യു അങ്കിൾ ഹേ സൂര്യഭഗവൻ അങ് ആരാണ് അപ്പൊ എന്റെ ആ പരിചയത്തെ അവര് ഇതുപോലെ അവര് ഓരോന്നിനെ നോക്കിയ സമയത്തും അപരിചിതമായ ഒരു മുഖവും അവരീ വിശ്വത്തിൽ കണ്ടില്ല അതുകൊണ്ടവര് വിശ്വാമിത്രന്മാരായിരുന്നു വിശ്വത്തിനെന്നും സുഹൃത്തുക്കളായിരുന്നു അവരെ അങ്ങനെയുള്ളവരാണ് കുട്ടികളെ വിളിച്ചുണർത്തിയത് എങ്ങനെ കൗസല്യ സുപ്രജ രാമ പൂർവാ സന്ധ്യ പ്രവർത്തദേ ഉത്തിഷ്ടരശാർദൂലേ ഇപ്പൊ നമ്മളെങ്ങനെയാണ് വിളിക്കുന്നതെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരും വിശ്വാമിത്രനും വസിഷ്ഠനുമൊക്കെ സൂര്യൻ ഉദിച്ചു അതുകൊണ്ട് രാമ ഉണരൂ അതുകൊണ്ട് ഉണരും അതുകൊണ്ട് എഴുന്നേൽക്കും മഹത്തായ കർത്തവ്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഉണരും ഇങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും പരിചയമുള്ള അവര് മന്ത്രങ്ങൾ രചിച്ചു അപ്പൊ ആ മന്ത്രങ്ങൾ ഋഷി ഏതൊരു താത്പര്യത്തിലാണോ ആ മന്ത്രം രചിച്ചത് ആ മന്ത്രത്തെ നമുക്ക് പകർന്നു നൽകിയത് ആ ഒരു ഭാവം വേണ്ടേ ഋഷി ഏതൊരു താത്പര്യത്തിലാണോ ആ മന്ത്രം രചിച്ചത് ആ മന്ത്രത്തെ നമുക്ക് പകർന്ന് നൽകിയത് ആ ഒരു ഭാവം വേണ്ടേ അതോ ചലച്ചിത്രഗാനം ചൊല്ലി ചലച്ചിത്രഗാനവും അതിലെ വരികൾ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയും എന്നാലും അത് എല്ലാ പാട്ടിൻ്റെയും സാര അറിയുമോ എന്ന് ചോദിച്ചാൽ അതും അറിയാത്തതുണ്ട് എന്നാലും അതിൻ്റെ ഒരു ഈണവും എല്ലാം കൊണ്ടും അതങ്ങനെ ചൊല്ലി പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം ആ ഒരു സാമാന്യ മര്യാദയെങ്കിലും ഇവിടെയും വേണ്ടേ ഇത്രയുള്ളൂ സ്വാമിയുടെ ആ നിലയ്ക്കാണെങ്കിൽ മന്ത്രങ്ങളുടെയൊക്കെ സാരം അറിയണം അപ്പൊ ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശു ശ്രോത്ര മതോ ബലമിന്ദ്രിയാണിച്ച സർവാണി എന്നൊക്കെ പറയുമ്പം ഇതാ ഇന്ദ്രിയങ്ങൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ സചേതനങ്ങളാകട്ടെ പ്രാപിക്കട്ടെ എന്തിനായിക്കൊണ്ട് ബ്രഹ്മത്തെ അറിയാനായിക്കൊണ്ട് അപ്പൊ ഈ തീരുമാനമെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇന്നലെ സ്വാമി സൂചിപ്പിച്ചു എന്താണ് നമ്മുടെ ആശയങ്ങളെല്ലാം തന്നെ അത് ശിരസ് സ്വീകരിച്ചിട്ടുണ്ട് ശരീരം സ്വീകരിച്ചിട്ടില്ല ശരീരത്തിന്റെ വേരുകളിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം നമ്മുടെ തീരുമാനങ്ങൾ ശരീരത്തിന്റെ മുഴുവൻ ഈ ശരീരം പൂർണ്ണമായി അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് അത് അറിയിപ്പിക്കുക അതിന്റെ വിദ്യ പറഞ്ഞു തരാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല എന്നാലും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരീരത്തിൽ നിന്ന് പ്രാണനെ പൂർണ്ണമായി പുറന്തള്ളുക പൂർണമായിട്ട് പുറന്തള്ളിയതിന് ശേഷം പ്രാണനെടുക്കാതിരിക്കുക പ്രാണായാമത്തിൽ മൂന്ന് കാര്യങ്ങളും നമ്മൾ കണ്ടു പൂരകം കുംഭകം രേചകം പൂരകം പൂരിപ്പിക്കുക കുംഭകം നിർത്തുക രേചകം പുറത്തേക്ക് വിടുക ഇങ്ങനെ പ്രാണനെ പൂർണ്ണമായി പുറന്തള്ളിയതിനു ശേഷം പ്രാണനെടുക്കാതെ നിങ്ങൾ തീരുമാനമെടുക്കുക പ്രാണനല്ല എടുക്കേണ്ടത് ഇനിയോ തീരുമാനം തീരുമാനം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചെടുക്കുക എന്താണ് തീരുമാനം ഇത് ഞാൻ നേടും അഹങ്കാരത്തോട് കൂടിയിട്ടല്ല ബുദ്ധൻ ഓർക്കുക ബുദ്ധൻ ബോധി വൃക്ഷ ചുവട്ടിൽ ഇരുന്നത് പോലെ ഏതറിയാതെ ഞാനിവിടുന്ന് എഴുന്നേൽക്കില്ല എന്ന് പറയുക അതുപോലെ അയ്യോ സ്വാമി അതിനൊരു വൃക്ഷം വേണം വേണ്ട ഈ ഇപ്പം മനസ്സിലാക്കണേ ഭാര്യ ഉപേക്ഷിക്കേണ്ട ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ട ഇവരെയൊക്കെ ഓഫീസിൽ പറഞ്ഞു വിട്ടതിന് ശേഷം അതുകൊണ്ടാ പറഞ്ഞത് ഇവരാരും അറിയേണ്ട നമ്മുടെ ഇരിപ്പ് അപ്പൊ നിങ്ങളിങ്ങനെ പറയരുത് ഇവരൊക്കെ ഉള്ളൂ അപ്പൊ ഇതറിയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല അപ്പൊ അദ്ദേഹം വിചാരിക്കും ഇതിപ്പോ എന്തായി അങ്ങനെയല്ല ആരുമില്ല നമ്മൾ വേണം ഇത് ഈ തീരുമാനമെടുക്കാൻ അങ്ങനെ പ്രാണൻ പ്രാണന് വേണ്ടി ശരീരത്തിലെ ഓരോ സെല്ലുകളും രാമകൃഷ്ണദേവന്റെ കഥ ഓർമ്മ വേണം രാമക്ഷണദേവൻ കൊണ്ടുപോയി എന്താ ഗുരുവിനെ ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞവനെ വെള്ളത്തിൽ മുക്കിയ കഥ പറയുന്നുണ്ടല്ലോ അവൻ പ്രാണന് വേണ്ടി തുടിച്ചു എന്നാണ് അല്ലേ എന്നിട്ട് പുറത്തിട്ട ശേഷം ഗുരു ചോദിച്ചു എന്നാണ് നിനക്ക് വെള്ളത്തിൽ മുക്കി പിടിച്ചപ്പോ എന്ത് തോന്നി എന്ന് എനിക്കൊരൽപ്പം ശ്വസിക്കാനുള്ള പ്രാണന്റെ ചിന്ത മാത്രം വേറെ ഒന്നും തോന്നിയിട്ടില്ല ഇതുപോലെ ഈശ്വരനെക്കുറിച്ച് എന്നാ പറഞ്ഞത് അപ്പൊ ശരീരം മുഴുവൻ പ്രാണനായിട്ട് ദാഹിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം ശരീരത്തിലെ ഓരോ സെല്ലുകളും അറിയും അത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രാണനെ സാവകാശം എടുക്കുക എടുത്ത് നിർത്തിയിട്ടും ഇതുപോലെ പറയാ ഇതൊരഞ്ച് ആവർത്തി അല്ലെങ്കിൽ ഒരു മൂന്ന് അപ്പൊ പിന്നെ ഈ ഒരു തീരുമാനവും നമ്മളുമായിട്ട് ഒരു പൊരുത്തം മറ്റേത് തീരുമാനം ഈ നാവിന്റെ തുഞ്ചത്തായിരിക്കും നാവ് പോലും ചുണ്ടുപോലും അറിയുന്നില്ല ഞാൻ രാവിലെ എഴുന്നേക്കും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ നാളെ വരാം എന്തായാലും ഞാൻ വരും എവിടെ പല തീരുമാനങ്ങളും പക്ഷേ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കാല് നമ്മളോട് പറയും പോണ്ടേ അവിടേക്ക് എന്ന് കാരണം കാൽ അറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നടക്കും കാല് നീ എങ്ങോട്ടാ പോണം തീരുമാനിച്ചില്ലേ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ തീരുമാനം നമ്മുടെ ശരീരം മുഴുവൻ അറിയാനുണ്ട് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ സംഘർഷം ഉണ്ടാവില്ല ഇപ്പം എന്താ സംഘർഷം എന്നറിയോ ഇപ്പൊ ധ്യാനവും വേണം സീരിയലും കാണണം അപ്പൊ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വാച്ച് മുൻപിൽ വെച്ച് ധ്യാനിക്കുന്നത് എന്നിട്ട് ചിലരുടെ ധ്യാനത്തിലൊക്കെ എങ്ങനെയാ നോക്കുക മുഴുവൻ തുറന്ന് നോക്കിയാൽ ആ ധ്യാനത്തിന്റെ പവിത്രത മുഴുവൻ നഷ്ടപ്പെട്ടാലോ അതുകൊണ്ട് കുറച്ച് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ നമ്മളെ പറ്റിക്കലാണ് ഇതെങ്ങനെ സ്വാമി അറിഞ്ഞു ഇതൊക്കെ അറിയാം നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടണ്ട അതുകൊണ്ട് വളരെ കുറച്ച് തുറക്കുക ഒന്നും വേണ്ട എന്ന് പറയാം അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ നമ്മുടെ തീരുമാനം നമ്മുടെ ശരീരത്തിലെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് ഒരു പരിശീലനം എന്ന നിലയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നാളെ നിങ്ങൾക്ക് നാല് മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ തീരുമാനിച്ച് കിടന്നു നോക്കൂ നാലിന് രണ്ട് മിനിറ്റ് മുമ്പ് എഴുന്നേക്കും ഒരു സംശയവും വേണ്ട ഒരാൾക്ക് സിഗരറ്റ് വലിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ചാണ് പിന്നെ ചെറിയൊരു ചുമ തുടങ്ങും വീണ്ടും അഭ്യാസേന എന്നാണ് പറഞ്ഞത് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിക്കൂ എന്നിട്ട് സ്വാമിയുടെ അടുത്ത് വരൂ സ്വാമി വെറുതെയാണത് പറയൂ പക്ഷേ ഈ ഒരു പ്രാണനെ പുറന്തള്ളിയിട്ടൊരു തീരുമാനം എടുക്കണം ഇതുവരെ നമ്മൾ അത് തീരുമാനിച്ചിട്ടില്ല നമ്മളിങ്ങനെ പലരും പറഞ്ഞു ആ ഞാൻ മതിയായി എനിക്ക് മതിയായി വെറുതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് പറയും ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ ഇരിക്കാൻ തുടങ്ങുന്നത് ഇതാണ് ആദ്യത്തെ ഇരിപ്പ് എന്നിട്ടാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ മാതൃഭാവം പിതൃഭാവം പിന്നെ അതുപോലെ ഈ മനസ്സിനെ കൊണ്ടുപോകുന്നു നമ്മൾ എങ്ങോട്ടൊക്കെയൊക്കെ എവിടെയൊക്കെ മനസ്സിന് പോണോ ഇതുവരെ പോകാത്തയിടത്തും കൊണ്ടുപോവുക ഭൂമിയെ കുറിച്ച് ഭൂമിയെ ഭൂമി വന്ദനം ചെയ്യുന്ന സമയത്ത് ഭൂമിയെ എത്രത്തോളം മനസ്സിൽ ആവാഹിക്കാൻ പറ്റൂ അത്രത്തോളം അതിൻ്റെ എല്ലാ ഭാ ഭാവങ്ങളെയും ഇങ്ങനെ മനസ്സുകൊണ്ട് ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്ത് നമ്മൾ വിജനമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായി ഭാവന ചെയ്ത് ധ്യാനിക്കുന്ന നമ്മളെ ഒന്ന് കാണുക എന്നുണ്ടോ കഴിയുന്നത്ര സാവകാശം പ്രാണനെ ശരീരത്തിനകത്തേക്ക് പൂരിപ്പിച്ച് പ്രാണനോടൊപ്പം മനസ്സ് മനസ്സിനെ മന ഈ ശ്രദ്ധയെ പ്രാണനിലേക്ക് കേന്ദ്രീകരിപ്പിക്കുക നിങ്ങളാദ്യമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് നമുക്കത് അനുഭവപ്പെടും എന്താണ് അനുഭവപ്പെടുക ചിന്തകൾ ഒഴിഞ്ഞ ഒരു ഭാവം നമുക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ മനസ്സിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മനസ്സ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസേ നമസ്തസേ നമസ്ത സേ നമോ നമ ഇത് നിങ്ങൾ ചൊല്ലും ഒപ്പം സ്വാമി അടുത്ത മന്ത്രം എന്താണോ പറയുന്നത് അതോർക്കും ഇതെല്ലാം ഇങ്ങനെ യാന്ത്രികമായിട്ട് നടക്കും കൂട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ഓരോ ചിന്തകൾ അതും നടക്കും ചുരുക്കി പറഞ്ഞാൽ മനസ്സ് പുതിയ പുതിയ പുതിയ ടെക്നിക്കൊക്കെ ഇങ്ങനെ പഠിക്കുക ഇതുവരെ അതൊന്നും അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്കത് മനസ്സിലാവും എന്ത് പ്രാണനിലേക്ക് ശ്രദ്ധയെ ഇങ്ങോട്ട് മനസ്സിനെ കേന്ദ്രീകരിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ ഒന്ന് നിവർന്നിരുന്നിട്ട് എല്ലാവരും ഒന്ന് നിവർന്നിരിക്കും നട്ടല്ലുള്ളവരൊക്കെ നിവർന്നു നട്ടല്ല നിവർന്നിട്ട് എന്നിട്ട് എന്താ ലൈറ്റ് ഓഫ് ചെയ്യണ്ട സാവകാശം കണ്ണുകൾ അടക്കുക കണ്ണുകൾ പൂർണ്ണമായി വിശ്രമം കൊള്ളുന്നതായിട്ട് ഭാവന ചെയ്യുക ഇരു കൈകളും മടിയിൽ കോർത്തു വയ്ക്കുക കഴിയുന്നത്ര സാവകാശത്തില് പ്രാണനെ ശരീരത്തിനകത്തേക്ക് പൂരിപ്പിക്കും പ്രാണനിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഓരോ പ്രാവശ്യവും കഴിയുന്നത്ര സാവകാശം പ്രാണനെ ശരീരത്തിനകത്തേക്ക് പൂരിപ്പിക്കുക പ്രാണനിലേക്ക് ശ്രദ്ധയെ പൂർണ്ണമായി സന്നിവേശിപ്പിക്കുക സാവകാശം കണ്ണുകൾ തുറക്കുക ശ്രദ്ധിക്കും കണ്ണ് കണ്ണുകൾ തുറന്നോളൂ അതായത് നമ്മൾ പ്രാണനിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിപ്പിച്ച ആ വേളയിൽ ആ എന്താ പ്രാണന് പ്രാണൻ ശരീരത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് ചിന്തകൾ ഒഴിഞ്ഞ ഒരു ഇതായിരിക്കും സെക്കൻഡ് കൊണ്ടാണ് ചുമയും അല്ലെങ്കിൽ അതും ഒക്കെ വരുന്നത് ഒരു വേള ഒരു ഒരു ഇതൊന്നും പരിശീലിക്കേണ്ടതുണ്ട് ചിലപ്പോ ചിലർക്ക് പ്രാണൻ അങ്ങോട്ട് കയറുന്നുണ്ടാവില്ല മൂക്ക് മുഴുവൻ അടഞ്ഞിരിക്കുകയായിരിക്കും അങ്ങനെയുള്ളവരുടെ കാര്യം ജലദോഷം മാറിയതിനൊക്കെ ശേഷം മായയ്ക്കകത്തുകൂടെ എന്ന് ഉള്ളതല്ല മൂക്കിനകത്തുകൂടെ തന്നെ പ്രാണന് ആ നാസികയുടെ അഗ്രത്ത് പ്രാണൻ ശരീരത്തിന് അകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ തണുപ്പ് അനുഭവപ്പെടും ഇനി അടുത്തത് സ്വാമിത് അടുത്ത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് പിന്നെ യാന്ത്രികമാവും പിന്നെ എന്താ ചെയ്യാന്നറിയോ ഇതും നടക്കും പുറത്തുള്ളതും നടക്കും ഇതാണ് മനസ്സ് ഈ മനസ്സിനെയാണ് അറിയേണ്ടത് അപ്പോൾ ഉള്ളിലേക്കുള്ള നിർദ്ദേശം തരാനുള്ളത് സ്വാമിക്ക് കേനോപനുഷ്യത്തിലെ മന്ത്രമാണ് പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദത ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തതേ അമൃതം ോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധിസങ്കൽപ്പങ്ങളെ വിശകലനം ചെയ്താൽ ആത്മന വിന്തതേ വീര്യം നമ്മുടെ ബുദ്ധിക്ക് ഒരു വീര്യം ഉണ്ടാവുന്ന ഒരു ഉണർവുണ്ടാവും എങ്ങനെ എങ്ങനെയാണോ ബാഹ്യലോകത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് കണ്ണടച്ച് ഓരോ ശബ്ദവീജിയെയും മറ്റും നമ്മൾ നിരീക്ഷിക്കുന്നത് ശബ്ദമില്ലായ്മയെ നിരീക്ഷിക്കുന്നത് ഇതുപോലെ അകത്തെ ചിത്തവൃത്തികളെ നിരീക്ഷിക്കുക ഈ സമയത്ത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിദ്രയിലേക്ക് പോവാൻ സാധ്യത വളരെ ഉണ്ട് പറഞ്ഞുതരാം എന്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെ നമ്മുടെ ശരീരത്തെ കണ്ണടയ്ക്കാൻ നമ്മൾ പഠിപ്പിച്ചത് ഉറങ്ങാൻ വേണ്ടിയാണ് ഉറങ്ങാൻ വേണ്ടിയ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരം വ്യവസ്ഥീകരിക്കപ്പെട്ടിരിക്കുന്നു കണ്ണുകൾ അടയ്ക്കുന്നത് ഉറങ്ങാനായിക്കൊണ്ട് ഒരുവേള അറുപതാമത്തെ വയസ്സിൽ കണ്ണങ്ങോട്ട് അടച്ചിട്ട് ഇതങ്ങോട്ട് ചെയ്തളയാം എന്ന് വിചാരിച്ചാലും നമ്മൾ ഉറക്കത്തിലേക്ക് പോവും പിന്നെ നമ്മളവിടെ സ്വീകരിക്കുന്ന എന്താ ഒരു പുതിയ നിദ്ര അതെങ്ങനെയാണ് പത്മാസന നിദ്ര വിത്ത് ജപമാല ഇല്ലേ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഓർമ്മ വേണം നമ്മുടെ ജപമാല നമ്മുടെ കുട്ടിക്കാലത്തെ അമ്മയുടെ സാരിയുടെ തുമ്പുമായി ആ ഉപബോധ മനസ്സ് കൂട്ടിയിണക്കും പണ്ടങ്ങനെയായിരുന്നു ഉറങ്ങാൻ കിടന്നത് അല്ലേ പണ്ട് ഉറങ്ങുമ്പം അതിങ്ങനെ പിടിച്ച് തിരിച്ച് തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടായിരുന്നു ഉറങ്ങി ആ തിരി തന്നെയാവും പിന്നെ ഗുരു പറഞ്ഞു തന്നു രാം റാം റാം റാം റാം ഇത് അമ്മയുടെ താരാട്ടുവായിട്ട് അങ്ങോട്ട് ിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വളരെ എളുപ്പമായി റാം റാം റാം വളരെ വളരെ സൂക്ഷിക്കേണ്ടത് ഒരിക്കൽ അങ്ങനെ നിദ്രാസുഖം അറിഞ്ഞ നിദ്ര എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ സുഖമാണല്ലോ സ്വാമി ധ്യാനം ഓ എന്താ ഒന്നും അറിഞ്ഞില്ല ഞാൻ പക്ഷെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞു അതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ ഒരു അതുകൊണ്ടാണ് നിവർന്ന് നട്ടല് നിവർന്ന് കഴിയുന്നത്ര പ്രാണനെ ശരീരത്തിനകത്തേക്കൊക്കെ പൂരിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഇരിപ്പിൽ നിദ്രയ്ക്ക് എന്താ കടന്നു വരാൻ പറ്റില്ല ഒന്ന് കുനിയുക പിന്നെ ഈ തലേണയൊക്കെ പിറകിൽ വെച്ച് ചാരി ഇരിക്കുക അതൊക്കെ നിദ്രയ്ക്ക് വരാൻ കടന്നു വരാനുള്ള വഴികളാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട് ശരീരത്തിനകത്തേക്ക് നമ്മൾ സാവകാശം പ്രാണനെ എടുക്കുന്നു പ്രാണായാമത്തിൽ അതിന് പൂരകം എന്ന് പറയുന്നു ഏ പൂരിപ്പിച്ച് നിർത്തിയിട്ട് അതിനോരോ ക്രമമൊക്കെ ഉണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ശരീരത്തിനകത്തേക്ക് പ്രാണനെ എടുക്കുന്ന സമയത്ത് ഗായത്രിയോടൊപ്പം എടുക്കാം മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഗായത്രിയും എന്താ പ്രാണനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഇനി ഗായത്രി ഇല്ലാതെ ഓം ആണെങ്കിലോ പ്രണവവും പ്രാണനും കൂടെ ചേർത്തുകൊണ്ട് രണ്ടിൻ്റെയും മിശ്രിതമാണ് മിശ്രമാക്കിക്കൊണ്ട് അകത്തേക്ക് എടുക്കുമ്പം അവിടെ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ മനസ്സെന്താവും ഏകാഗ്രപ്പെടും ഗായത്രിയാണെന്നിരിക്കട്ടെ ഓം ഭൂർഭുവസ്വ തത് സവിതുർവരണ്യം ഭർഗോദേവസ്വ ധീമഹി ദിയോയോന്ന പ്രചോദയാത് ഒരു ഗായത്രിയല്ല ഒരു രണ്ട് ഗായത്രി മൂന്ന് ഗായത്രി നമുക്ക് എടുത്തെടുത്തെടുത്ത് പ്രാണനം എടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പം ഒരൊറ്റ ഗായത്രി കൊണ്ട് ഒറ്റ ഗായത്രിയിലൂടെ പ്രാണനം മുഴുവൻ പുറത്തേക്ക് എന്താ വിടാൻ പുറത്തേക്ക് അതിനെ ഉപേക്ഷിക്കുക ഒഴിവാക്കുക എന്ന് പറയും അതായത് നമ്മൾ ഈ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ അത് കൂടുതലങ്ങനെ കുംഭകമാക്കി നിർത്തരുത് അപ്പൊ അത് ആ കുംഭകത്തിൽ നമുക്ക് അസ്വാസ്ഥ്യം വരും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും ആ സമയത്ത് നമ്മളധികം അങ്ങനെ ചെയ്യാതെ സാവകാശം അതിനെ പുറത്തേക്ക് വിടാം സാവകാശം അല്ല അല്ലെങ്കിൽ നമുക്ക് ഈ കേൾക്കുന്നതിൽ സ്വാമി ഉള്ളിലേക്ക് എടുക്കാൻ പറഞ്ഞു വിടാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാനിതുവരെ വിട്ടു അതുകൊണ്ടത് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് നമുക്ക് അപ്പം പ്രാണന്റെ ഇത് ആ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചപ്പം ഈ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയാം അപ്പൊ നിങ്ങൾ ഒന്ന് ഗായത്രി അറിയോ കാണാതെ അറിയോ ഏ അറിയാലോ ഒന്ന് സ്വാമി ഇനി ചെയ്യാൻ പോണത് എന്താന്ന് പറഞ്ഞാല് നമ്മള് ഗായത്രി ചൊല്ലുന്നു ഗായത്രി ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി സാവകാശം സാവകാശം സാവകാശം ചൊല്ലി ഗായത്രി മൗനമാക്കിയിട്ട് പിന്നെ ഗായത്രി എന്ത് ചെയ്യും പ്രാണനോടൊപ്പം അങ്ങോട്ടേക്ക് എടുക്കും അപ്പോഴൊക്കെ മനസ്സ് അമനീഭാവത്തെ ദർശിക്കാൻ പറ്റും സാധന ചെയ്ത് സംസ്കാരം നേടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അമനീഭാവം എന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്തൊരു അതായത് മനസ്സിന്റെ മനസ്സ് സൂക്ഷ്മമാവുന്നത് മനസ്സിനുണ്ട് സ്ഥൂലതയും സൂക്ഷ്മവും നോക്കാം നമുക്ക് മനസ്സിലായോ സംഗതി പറഞ്ഞത് ഗായത്രി നമ്മൾ ചൊല്ലണോ അല്ലെങ്കിൽ വേണ്ട ഓം നമശിവായ അത് മതി ഓം നമശിവായ ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി ചൊല്ലി അതിനെങ്ങനെ ലയിപ്പിച്ച് പിന്നെ ഞാൻ പ്രാണനെടുക്കുമ്പം അത് തന്നെ പിന്നെ അതിങ്ങനെ പുറത്തേക്ക് വിട്ടു അപ്പൊ ആദ്യത്തെ ഒരു രണ്ടു മൂന്നാവർത്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ പെട്ടെന്ന് നിങ്ങൾക്കതും മനസ്സിലാവും ഇതാണ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകേണ്ടത് ഒന്ന് സ്വാമി ഇനി ചെയ്യാൻ പോണത് എന്താന്ന് പറഞ്ഞാല്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 ചൂടോച്ചത്തില് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ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 ം ശി ശി ഓം നമ ശിവായ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 മ ശിവായ സാവകാശം കണ്ണു തീർക്ക നമുക്ക് ആ മാറ്റം മനസ്സിലാവുന്നുണ്ടോ ഇത് എങ്ങനെയാണ് മന്ത്രം ഏതെങ്കിലും ഒരു മന്ത്രം സാവകാശം സാവകാശം സാവകാശം ജപിച്ച് ജപിച്ച് ജപിച്ച് പിന്നെ അത് ആ പ്രാണന്റെ കൂടെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ചിന്തകളൊന്നും ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് കാണാം ഓരോന്ന് കയറി വരുന്നത് അതിനെ പിടിക്കണം അതിനെ പിടിക്കണം എന്ന് പറയാ പിടിക്കാന്ന് പറഞ്ഞാൽ അറിയ അല്ലാണ്ട് പിടിക്കാനൊന്നും പറ്റില്ല അറിയ അങ്ങനെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണോ നമ്മൾ ഒരു ചുമ ഒരാൾ ചുമച്ചത് നമ്മൾ അറിഞ്ഞത് ഇതുപോലെ നമ്മുടെ സങ്കല്പങ്ങളെ ഇതിനെയാണ് ഉപനിഷത്തിൽ പറഞ്ഞത് പ്രതിബോധവിധിത മതം എന്ന് പറഞ്ഞത് ബോധം പ്രതി ഉദിച്ചു വരുന്നതിന് മതം അറിയ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ ഗായത്രിയോ പ്രണവമോ അല്ലെങ്കിൽ പ്രണവം ദീർഘമായിട്ട് പ്രണവ പ്രണവ ഓ എന്നുള്ളത് പുറത്തേക്ക് രേചകമാണ് പൂരകത്തിൽ അവകാശം ഓം എന്നാണ് ഇങ്ങനെ കയറി പോകുന്നത് അതുപോലെ പ്രണവത്തെ അതൊന്ന് അഭ്യസിക്കുക ഏതാണോ നമുക്ക് ഹൃദ്യമായത് അതിനെ സ്വീകരിക്കുക ഇതൊന്നുമില്ലേ ഒന്നുമില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല പക്ഷേ മനസ്സിനെ കൊണ്ടുവരാൻ ഇത് ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും വേണമല്ലോ നമ്മളിപ്പോൾ ഒരു കൊടിലെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു വയ്ക്കില്ലേ അപ്പൊ കൊടിൽ പോലെ ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വയ്ക്കാൻ ചൂടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ നമുക്ക് വേണമല്ലോ ഇതുപോലെ ധ്യാനം ഇനി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇത് ഇത് നമ്മൾ ശരിക്കും അഭ്യസിക്കണം നന്നായിട്ട് നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവുമെന്ന് പറയാം കാരണം മനസ്സ് ഏകാഗ്രപ്പെടുന്നത് ഏകാഗ്രമായിട്ടുള്ള ഒരു കുറേയും കൂടെ പഴയതുപോലെയല്ല ഇപ്പം എൻ്റെ മനസ്സ് കുറേയും കൂടെ എന്താണ് ശക്തിയുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യമാവും അത് മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ എന്താ കാലിൻ്റെ നഖമൊന്നും നോക്കാറേ ഇല്ല എന്നായാലോ അത് കാണാൻ ഇങ്ങനെ വളഞ്ഞ് തത്തയുടെ ചുണ്ടുപോലെയൊക്കെ ഇങ്ങനെ താഴേക്കൊക്കെ പോയി തുടങ്ങും ഒരു ദിവസം നോക്കുമ്പോഴാണ് അതിൽ കഴിഞ്ഞ വർഷത്തെ ടാറുപണിക്ക് ഉള്ള ടാറൊക്കെ അതിൻ്റെ മുകളിലുണ്ട് പിന്നെ അതൊക്കെ നോക്കി എല്ലാം ഒന്ന് ശരിയാക്കി കനയിൽ കട്ടറോണ്ടൊക്കെ കട്ട് ചെയ്തൊക്കെ വൃത്തിയായപ്പോൾ കാണാനിപ്പം ഇപ്പൊ ദിവസവും ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് അതിനെന്ത് ഒരു സൗന്ദര്യമൊക്കെ വന്നു എന്ന് പറയാം ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്ത് ഇല്ല എങ്കിൽ നമ്മളൊരു ചെടിയെ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ വീടിൻ്റെ മുറി ഒരു മുറി നമ്മൾ നോക്കാറേ ഇല്ല മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പം മനസ്സ് ബലമുള്ളതായിത്തീരെന്ന് പറയും അത് ആ ബലമുള്ള മനസ്സിനെയാണ് അതുകൊണ്ടേ ഉദ്ധരേത് നടക്കുന്നത് ആത്മന ആത്മാനം ഉദ്ധരേത് പറഞ്ഞല്ലോ ഇത് ധ്യാനത്തിന് സഹായിക്കുന്നതാണ് ഇത് ഇത് കിട്ടാൻ ഇത് നമ്മൾ തന്നെ പരിശ്രമിക്കണം ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഒരാൾക്കും പ്രാർത്ഥന നടത്താൻ പറ്റില്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് പലപ്പോഴും മതം അല്ലെങ്കിൽ മത ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാരൊക്കെ ആളുകളെ ഈ പറഞ്ഞ വിഷമത്തിൽ ദുഃഖത്തിലൊക്കെ ഇങ്ങനെ ഇരുത്തുക അവർക്ക് വലിയ കാര്യമാണ് ആരും രക്ഷപ്പെടാൻ പാടില്ല ഇവിടെ എന്നാലല്ലേ ഇവരുടെ എന്താ പറയുക ഈ തൊഴിൽ നിലനിൽക്കുന്നുള്ളൂ അതുകൊണ്ടൊരു ഈ ഇത്തരത്തിൽ വിഷമതകളുള്ള ഒരു സമൂഹത്തെ പലർക്കും ആവശ്യമുണ്ട് നമ്മളതിനെ അതിജീവിക്കണമെന്ന് പറയാം ഒരു രസമായിട്ടുള്ളൊരു എന്താ ഒരു എന്താ ആലോചനാമൃതായിട്ടുള്ള ഒരു തമാശ പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ മനസ്സിൽ എന്താ അതായത് ഒരാള് ദോർത്ത് വെക്കേണ്ട ഒന്നാണ് ഒരാള് ഈ പേൻ പാർക്കില്ലേ കാശ് കൊടുക്കുക പാർക്ക് ചെയ്യുക അതിലേക്ക് ഒരാള് ഇങ്ങനെ കയറി വരിക എങ്ങനെയാള് കയറി വരുന്നത് വാഹനം ഇല്ലാതെ എന്നാ വാഹനം ഉള്ളതുപോലെ അങ്ങനെ അതിൻ്റെയൊക്കെ അടയ്ക്ക് കൂടെ കൊണ്ടുവന്ന് അയാൾ നട വലിയ ബുദ്ധിമുട്ടായിട്ട് അയാൾ ആക്സിലറേറ്റ് കൊടുക്കുന്നു ബ്രേക്ക് എന്നിട്ടിങ്ങനെ നോക്കി അതിനെ അങ്ങനെ കൊണ്ടുപോയി നിർത്തി അതിൽ നിറങ്ങി അപ്പോൾ ആളുകളൊക്കെ ഈ കാഴ്ച ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകുന്നു ആൾക്കാരൊക്കെ എന്തോ ഒരു സവിശേഷ പരിപാടി അവിടെ നടക്കുമ്പോൾ പുതുതായിട്ട് കുറച്ച് ആളുകൾ വന്ന് അവർ നോക്കി അങ്ങനെ ഈ പാർക്ക് ചെയ്യുന്ന അവിടെയുള്ള ആൾക്ക് കൊണ്ടുപോയിട്ട് എന്തോ കാശൊക്കെ കൊടുത്തു അതൊന്ന് കഴുകിട എന്തൊക്കെയാണ് പറഞ്ഞു എന്നിട്ട് അയാൾ പിന്നെ അയാൾ പോയത് വളരെ നന്നായിട്ട് അപ്പം ഈ ആളുകൾ ചെന്നിട്ട് ചോദിച്ചു അതെന്താണ് അത് അദ്ദേഹം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ് അദ്ദേഹത്തിന് പാർക്ക് ചെയ്യാൻ കാറൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് കാറില്ല പക്ഷേ പണ്ട് അദ്ദേഹം വലിയ കാർ റേസൊക്കെ നടത്തിയ ആളായിരുന്നു പക്ഷേ ചിതഭ്രമം വന്നെന്ന് പറയാം ഇത് വന്നിട്ട് അപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹത്തിന് ഒരു കാറുണ്ട് അങ്ങനെ അദ്ദേഹം കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇവർ ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞൂടെ അദ്ദേഹത്തിന് കാറില്ല എന്ന് അപ്പം അയാൾ ഇവ ഇദ്ദേഹം ചോദിച്ചു അതെന്തിനാത് അയാൾ ദിവസവും എനിക്ക് എപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുക അഞ്ച് രൂപ പാർക്ക് ചെയ്യാൻ തരും പത്ത് രൂപ കഴുകാനും തരും എന്തിനാണ് ഞാനത് ഇല്ലാതെയാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള പുഷ്പാഞ്ജലികളും ഹോമങ്ങളും രൂപങ്ങളും ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അതിനെയൊക്കെ നിങ്ങൾ ഇല്ലാണ്ടാക്കണം എന്ന് പറയും അതിനാ നിങ്ങളിവിടെ നൂറ്റിയെട്ട് ദിവസം ചെലവഴിച്ച് ഓർമ്മ വേണം സ്വാമിക്ക് ആ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആറാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി പന്ത്രണ്ട് അധ്യായങ്ങളുണ്ട് ബാക്കി വിഷൻ ധ്യാനം ആറാം അധ്യായം ധ്യാനയോഗം ധ്യാനത്തെക്കുറിച്ച് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് സ്വാമി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മ വേണം ഒന്ന് സൈക്കിൾ പഠിക്കുന്ന ഏർപ്പാട് ഓർമ്മയുണ്ടാവും സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് എന്തൊക്കെയാണ് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ രണ്ട് കൈ കൊണ്ടും പിടിക്കണം നേരെ നോക്കണം നേരെ നോക്കിയിട്ടാണ് ചവിട്ടേണ്ടത് ഇല്ലേ സൈക്കിൾ പഠിച്ചു കഴിഞ്ഞ എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് നേരെ നോക്കിയിട്ടാണോ പോകുന്നത് അല്ല അവർ ഒരു കൈ പിടിച്ച് ഒരു കയ്യിൽ വേറെന്തെങ്കിലും ഉണ്ടാവും അവരങ്ങനെ ഇല്ലേ സ്കൂട്ടർ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് പഠിക്കാൻ പറ്റുമോ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവാം ആവാം അപ്പം ഭഗവാൻ നമ്മുടെ മനസ്സിനെ ശ്രദ്ധയെ അഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ ഒരു ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആറാം അധ്യായത്തിൽ ഈ ആറാം അധ്യായത്തിൽ ഒരു വൃത്തിയുള്ള വിജനമായ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നമ്മൾ പലതും കാലാനുസൃതമായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് എന്ന് പറയാം ഇപ്പൊ മാൻതോലിൻ്റെ മുകളിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അപ്പൊ അവിടെ നമ്മൾ എന്താണ് നമുക്ക് പറ്റിയത് അതിനെ നമുക്ക് സ്വീകരിക്കാം എന്നിട്ടോ നിവർന്നിരുന്ന് നിവർന്നിരിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് വയ്യായെങ്കിലോ ശരി എങ്ങനെയെങ്കിലൊക്കെ ഇരിക്കൂ നമുക്ക് ഇരിക്കണം അല്ലെങ്കിൽ നിന്നിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൽ നിന്ന് ഒരാളും എന്താ സ്വാമിയുടെ ആഗ്രഹം ഇതിനെല്ലാവരും യോഗ്യരാണ് എന്നുള്ളതാണ് ആദ്യം അപ്പം എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ സമയത്താണോ നമ്മളിപ്പോൾ ഇതിനെത്തിച്ചേർന്നത് ഓ എനിക്ക് ഇനി പറ്റില്ലല്ലോ പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വേണ്ട ഇപ്പോൾ ഉള്ള ആ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിന് തയ്യാറാവാം ഇതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൽ സ്വാമി ധ്യാന ആറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭഗവാൻ പറയുന്ന എന്താ ശരീരവും കഴുത്തും തലയും ഒരു നേർരേഖയിൽ എന്ന വണ്ണം സ്ഥിരം ആസനം ഇളകാതെ പിന്നെന്താണ് സമം അചലം ധാരയൻ ഇളകാതെ ഒരുപോലെ പിന്നെയോ സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ സ്വന്തം നാസികയുടെ അഗ്രത്തേക്ക് മറ്റുള്ളവന്റെ നാസികയുടെ അഗ്രത്തല്ല സ്വം നാസികാഗ്രം സ്വന്തം നാസികയുടെ അഗ്രത്തേക്ക് നോക്കാൻ ഇവിടെ സ്വാമി പറഞ്ഞിട്ടുണ്ട് നാസികയ്ക്ക് രണ്ടഗ്രമുണ്ട് ഏതാണ് ഒന്ന് ഇത് ഒന്ന് മുകളിൽ ഭഗവത്ഗീതയിൽ ഏതായിരിക്കാം നാസികാഗ്രഹം ആ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഒന്ന് എടുക്കൂ കാരണം അത് പൂർണ്ണ വിചാരമാണല്ലോ അപ്പൊ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ബ്രുവോഹോ മദ്യം ഇരു പുരികങ്ങളുടെയും മധ്യത്തിൽ ൂ മദ്യത്തില് ബ്രുവോഹോ മധ്യേ ഇരു പുരികങ്ങളുടെയും മദ്യം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഇത് നാസികയുടെ ആരംഭമാണ് അഗ്രമാണ് ഇത് നാസികയുടെ അറ്റമാണ് രണ്ടറ്റം ഉണ്ടല്ലോ ഏതൊന്നിനും അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോ നമ്മുടെ ദൃഷ്ടി ദൃഷ്ടിയെ ഇതിന്റെ ഈ അറ്റത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആർക്കൊക്കെ തലവേദന വരുന്നു സ്വാമിക്ക് അറിയില്ല തലവേദനയ്ക്ക് സാധ്യത ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ ഒന്നൊരു അന്ന് നമ്മളിതൊക്കെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളതാണ് ഓർമ്മയില്ലേ എന്താ പറയുക നമുക്ക് നമ്മുടെ നാസികയെ നാസികയുടെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ കാണാൻ സാധിക്കും ഈ ഇതിൻ്റെ ഈ അഗ്രഹത്തെ നോ നോക്കാനൊരു ശ്രമം നടത്തുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ ഇല്ലേ കാണുന്നില്ലേ ഈ ഇത് വിരൽ കൊണ്ടുവന്നിട്ട് നാസിയുടെ അഗ്രഹത്തിൽ തൊട്ടടുത്ത് മാറ്റിയാകും അതേ സമയത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് നോക്കൂ വേദന ഉണ്ടാവാൻ കുറച്ചു സമയം നിന്നു കഴിഞ്ഞാൽ തലവേദനയ്ക്കാനൊരു തലവേദന ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അപ്പൊ കടുത്ത പരീക്ഷണങ്ങളൊന്നും ഈ വിഷയത്തിൽ വേണ്ട ഇത് അറിവ് കൊണ്ടുവേണം ഇതിനെ നേടാൻ ഇപ്പം നിങ്ങൾ ഈ ഹടയോഗം ഇങ്ങനെയൊക്കെ ചില ചില ആളുകൾ ഇതിൽ നിന്നൊരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല അപ്പം എന്ത് പറ്റുന്നറിയോ നമ്മൾ ഇതിനു വേണ്ടി തീർന്നവരായി മാറും ചിലർ ചിലർക്ക് അങ്ങനെയുണ്ട് അവരെന്താന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പ്രത്യേക രീതിയിലാണ് അതിൽ നിന്നൊരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകാതെ പിന്നെ അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നും എന്താ കുറ്റബോധം അത് നാസികയുടെ അഗ്രഹത്തിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയോ അപ്പൊ ഇനി അതൊരു കുഴപ്പമായില്ലേ ഈ ഇത്തരത്തിലുള്ള കുറ്റബോധമാണ് ഏറ്റവും എന്താ പറയുക ഒരിക്കലും പാടില്ലാത്തത് അപ്പം അതിനിടെ ആവശ്യമില്ല എന്ന് പറയാ അതുകൊണ്ട് ശ്രദ്ധ ഈ ഒരു ശ്രദ്ധ നിങ്ങക്ക് നാസികയുടെ അങ്ങനെ നാസികയുടെ അഗ്രഹം നോക്കി ഇരുന്നു കഴിഞ്ഞാൽ എത്ര ശ്രദ്ധ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഇതൊരു പഠിക്കലാണ് പറഞ്ഞുവല്ലോ സൈക്കിൾ അഭ്യാസമാണ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് സാരമാക്കുന്നത് മനസ്സിനെ മറ്റുള്ളടത്തു നിന്നൊക്കെ നിയമനം ചെയ്ത് ആ മനസ്സിൻ്റെയും ആധാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള അഭ്യാസമാണ് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇരിപ്പ് തന്നെ വേണം എന്നില്ല അതുകൊണ്ട് ഈ ധ്യാന സംബന്ധമായ ഇത്തരം പിന്നെ സ്വാമി പറഞ്ഞിട്ടുള്ള ഓരോ ശ്ലോകങ്ങള് അതിന് മനസ്സുകൊണ്ട് ഭാവന ചെയ്യൽ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ല പക്ഷേ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഇതൊക്കെ എന്താ പോംവഴികളായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ധ്യാനം ഇങ്ങനെ അങ്ങോട്ട് പരിശീലിക്കാം വരും ദിവസങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളോട് ആത്മാർത്ഥതയുള്ളവരായിട്ട് ഇത് ദിവസവും പരിശീലിക്കൂ എന്നിട്ട് ആ എന്താ കരുത്താർന്ന മനസ്സ് ഈ ലോകത്തെ കാണട്ടെ ഏഴാം അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനത്തെ വിജ്ഞാന സഹിതം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താണ് ജ്ഞാനം ഏതൊന്നാണോ ഇതുവരെ നീ കേട്ടത് ഈ ജ്ഞാനം വിജ്ഞാനം എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു കിട്ടുന്നുണ്ട് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് രാവിലത്തെ പത്രം നമ്മൾ തുറക്കുമ്പം എന്തിനാ തുറക്കുന്നത് ഒരുപാട് അറിവ് കിട്ടാൻ അല്ലേ ഒരിക്കലും ഒരാള് ഒരു വലിയ ചിത്രകാരനാണ് നല്ല ചിത്രകാരൻ എങ്ങനെയുള്ള ഈ ഛായാചിത്രകാരനാണ് ഛായാചിത്രം എന്ന് പറഞ്ഞാൽ ഈ രവിവർമ്മയെ പോലെയൊക്കെ ചെയ്യുന്ന ആളാണ് രവിവർമ്മയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളെ ഇരുത്തും കസേരയിൽ ഇരുത്തിയിട്ട് അവരുടെ ചിത്രം വരയ്ക്കും പോട്രേറ്റ് എന്ന് പറയും അങ്ങനത്തെ ഒരാളാണ് അപ്പം അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം മദ്യശാലയിൽ പോയി കുറച്ച് മദ്യം കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അദ്ദേഹം ഓർഡർ കൊടുത്തു അങ്ങനെ അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആ അതിൻ്റെ അളവും കാര്യമൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത സമയത്ത് അവിടെ ഒരു പത്രമുണ്ട് ഒരു പത്രം കിടക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ അപ്പോൾ ആ പത്രം എടുത്തിട്ട് അദ്ദേഹം നോക്കി നോക്കിയ സമയത്ത് അതിൽ കണ്ടിരിക്കണു സാമ്പത്തികമായിട്ടുള്ള എന്താ ബുദ്ധിമുട്ടുകൾ അതായത് ഈ ഒരു വലിയ സാമ്പത്തിക അച്ചടക്കം വേണം രാജ്യത്ത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാർത്ത അപ്പം അദ്ദേഹം അത് വായിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു ഓ വായിച്ചു ഓ വലിയ പ്രശ്നമാണ് അപ്പം അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു മറ്റേ ആൾ അതെന്ത് പറ്റി ഞങ്ങളുടെ ഇത് മോശമാണെന്ന് അങ്ങനെയല്ല വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ബാധ്യത രാജ്യത്ത് മുഴുവൻ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ടെന്ന് ഓ അപ്പം അദ്ദേഹം പറഞ്ഞു അയ്യോ അങ്ങനെയാണോ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ വേഗം വീട്ടിലേക്ക് ഫോൺ ചെയ്യട്ടെ ഭാര്യ എന്തിനൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വേണ്ട എന്ന് പറയട്ടെ അദ്ദേഹം ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു എന്നാ ഇങ്ങനെങ്ങനെ അങ്ങനെ ഓ അപ്പം അയാൾ പറഞ്ഞു അതേ അങ്ങനെയാണോ ആ ഷാജി വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവാൻ പോവുകയാണ് ഓ എന്ന് അങ്ങനെയാണെങ്കിൽ ഇന്നതൊക്കെ ഇതാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളും പറഞ്ഞു അവസാനം വേറൊരാളുടെ അടുത്തെത്തി പോണം അപ്പം അദ്ദേഹം പറഞ്ഞു ഓ അങ്ങനെയാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പടം വരയ്ക്കാൻ ഇന്ന ആളോട് പറഞ്ഞിട്ടുണ്ട് ഉടനെ അത് വേണ്ടെന്ന് വയ്ക്കട്ടെ എന്ന് നമ്മുടെ ഈ ചിത്രകാരനോടാണ് ചിത്രകാരനോട് പറഞ്ഞു അത് ക്യാൻസലാക്കിക്കോളാൻ ഒരു വലിയൊരു രൂപം നിശ്ചയിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ വിഷമായി ആ വിഷമം തീർക്കാൻ വേണ്ടി വീണ്ടും അദ്ദേഹം മദ്യശാലയിൽ വന്നു നരുന്നിങ്ങനെ കുറച്ചുകൂടെ കഴിക്കുന്ന സമയത്ത് വീണ്ടും ആ പത്രം ഒന്ന് എടുത്തു നോക്കി നോക്കുമ്പോൾ പത്തു കൊല്ലം മുമ്പുള്ള പത്ര അറിവാണ് ഈ അറിവ് തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ അറിവാണ് ഇവിടെ ഗീതയിൽ ജ്ഞാനം വിജ്ഞാനം എന്ന് പറയുമ്പം അത് അതിൻ്റെ കൈമാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പത്ത് വർഷം മുമ്പുള്ള പത്രത്തിലെ ഒരു സംഗതി പത്ത് വർഷം വിട്ടേക്ക് ഒരു മാസം മുൻപുള്ളതൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ച് അതറിവല്ല പക്ഷേ ഇത് എത്രയോ വർഷങ്ങൾക്കപ്പുറത്തുള്ള ഈ ഒരു അറിവ് ജ്ഞാനം വിജ്ഞാന സഹിതം എന്ന് ഭഗവാൻ പറയാൻ പോകുന്നത് നമുക്കിത് അനു അർജുനനെ അനുഭവപ്പെടുത്താൻ പോവാം അതാണ് ഏഴാം അധ്യായത്തിലെ വിഷയം അതുകൊണ്ട് ഭഗവാൻ ഇതിൻ്റെ രഹസ്യത്തെ പറഞ്ഞു അത് ശരിക്കും മനസ്സിലാക്കണം ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞു മൂന്നാമത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യഥതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത ഇതിപ്പം നമ്മളെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആളുകൾ പറയുന്നതാ എന്ത് സ്വാമി ഗീത കേൾക്കാൻ പോയിട്ട് എന്ത് കാര്യം അവരവിടെ അടി ഉണ്ടാക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ എന്തിനാ സ്വാമി ഇങ്ങനെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ദിവസവും പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടത് മുഴുവൻ പറയാൻ പറ്റാത്തതാണ് അതെ കേട്ടത് മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല എന്ന് പറയാം അപ്പൊ മനുഷ്യണാം സഹസ്രേഷു അതിൻ്റെ ആ ഭാവത്തെ പൂർണ്ണമായിട്ട് ഭഗവാൻ പറയുന്നു മനുഷ്യന്മാരിൽ ആയിരത്തില് കശ്ചിത് സിദ്ധയെ കശ്ചിത് ഒരുവൻ അത്രയോ കൂട്ടത്തിൽ ഒരുവന് സിദ്ധയെ അവന്റെ സിദ്ധി അവൻ സിദ്ധയെ സിദ്ധിക്കായിക്കൊണ്ട് യതതി പ്രയത്നിക്കുന്നു യതാം സഹസ്രേഷു അവിടെയും സഹസ്രത്തിനെ എടുത്തോളാം യദതാം അപ്പം ഈ കൊച്ചിയിൽ എത്രയോ ആളുകളുണ്ട് അതിൽ േര് വന്നു ആ വന്നതില് ആയിരങ്ങളില് യഥദാം സഹസ്രേഷു യജ്ഞിക്കുന്ന ആയിരത്തിൽ കശ്ചിത് ഒരുവൻ മാം എന്നെ തത്വതഹേത്തി താത്വികമായി അറിയുന്നു അല്ലാത്തവനോ പഴയതുമായിട്ട് തന്നെയാ പോകുന്നത് അപ്പൊ സ്വാമി എന്തായിരുന്നു പറഞ്ഞത് സ്വാമിക്ക് ഓർമ്മയില്ല അപ്പൊ തത്വതഹാ മാം വേത്തി കശ്ചിത് വളരെ കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങനെ അറിഞ്ഞ് പോകേണ്ടവരാണ് അറിയണം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ശ്രദ്ധ എത്രത്തോളം ഈ വിഷയത്തിൽ വേണം എന്നുള്ളതിനെ ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യാണാം സഹസ്രേഷു എന്ന് എന്നിട്ട് ഭഗവാൻ ഭഗവാൻ്റെ ഭഗവാൻ എങ്ങനെ അറിയണം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടധ എങ്ങനെയാണ് ഞാൻ അഷ്ടമൂർത്തിയായി അഷ്ടധരനായി നിലകൊള്ളുന്നത് ഭൂമി ആകാശം വായു അഗ്നി ജലം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ ഞാനാകുന്നു അപ്പം എന്നെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാ ഇതാണ് എന്നെ അറിയണം അപ്പൊ ജ്ഞാനം വിജ്ഞാന സഹിതം ആ അറിഞ്ഞതിനെ നീ ഇതാ ഈ പഞ്ചമഹാഭൂതങ്ങളോടും അതിൻ്റെ ചേരുവയായിട്ടുള്ള മറ്റുള്ളതിനോടുമൊക്കെ നിൻ്റെ സമീപനത്തിൽ ഈ ഒരു അറിവ് പ്രകടമാകട്ടെ അപ്പം ഭഗവാൻ എന്താ സൂക്ഷ്മമായിട്ടുള്ള നമ്മൾ ഈ ഭാഗത്ത് കണ്ടിട്ടുള്ളതാ ജഗത്തിൻ്റെ സൂക്ഷ്മമായ ഭാവം സ്ഥൂലമായിട്ടുള്ള ഭാവം അതുപോലെ കൃഷ്ണന്റെ ഭഗവാൻ ഇവിടെ പറഞ്ഞു എന്താണ് ഇതൊക്കെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാ ഒന്നുകൂടെ ഓർത്തുവയ്ക്കുന്നത് നല്ലതാ മത്ത പരതരം നാന്യത് കിഞ്ചിതസ്ഥി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായുവ ഈ ഏഴാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം എന്നിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഒരു ചരടിൽ മണികൾ എന്ന മുത്തുമണികൾ എന്ന എന്നിൽ നിന്ന് അന്യമായി ഈ വിശ്വത്തിൽ യാതൊന്നും തന്നെ ഇല്ല ഇതൊക്കെ ഞാൻ ജ്ഞാനത്തെ വിജ്ഞാനസഹിതം തുടർന്ന് പറഞ്ഞു രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോ പ്രണവസർവേദേഷോ ശബ്ദേ പൗരുഷം നൃഷു അങ്ങനെ ഓരോന്നിൻ്റെ എന്താ ആ വിഭൂതികളെ ഭഗവാൻ ഇവിടെ നിന്ന് വിഭൂതി ആരംഭിക്കുന്നുണ്ട് ഏഴാം അധ്യായം മുതൽ പുണ്യോ ഗന്ധപ്രതിവ്യാം ച തേജ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു അപ്പം ഇതൊക്കെ ജ്ഞാനം വിജ്ഞാനമാണ് അറിയണം നമ്മൾ ഇത് അതാണ് ഇത് അതാണ് അതാണ് ബോധ്യ ബോധ്യപ്പെടുക നമ്മൾ ചിലതൊക്കെ ചില ആളുകളെ പരിചയപ്പെടില്ലേ അപ്പം പരിചയപ്പെട്ട് അപ്പം നമ്മളെ മറ്റുള്ളവരാണ് പരിചയപ്പെടുത്തുക മറ്റൊരാളെ പരിചയപ്പെടുത്തുക ഇതാരാണെന്ന് മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ഇല്ല മനസ്സിലായിട്ടില്ല ഹൈ അല്ല പറയൂ ഇത് നമ്മുടെ അപ്പൊ എന്ന് പറയുന്നത് കോർക്കലാണ് എന്ന് പറയാ ഓ ഭഗവാൻ നേരത്തെ പറഞ്ഞത് ഓ ഇതാ ആ ഒരു കോർക്കൽ ഇവിടെ വരുന്നു ഭഗവാൻ പറയുന്നു ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജ തേജസ്വിനാമഹം ഇതൊക്കെ ഈ എന്താ അധ്യായത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എന്ന് പറയാം എന്നിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു എന്താ പറഞ്ഞത് നമാം ദുഷ്കൃതിനഹ മൂടാഹ പ്രപദ്യ നരാധമാഹ മായയ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവം ആശ്രിതാഹ കുറച്ച് ആളുകളുടെ കാര്യം പറയാം ആസുരം ഭാവം ആശ്രിതാഹ അസുരൻ അസുരന്മാർ ആരാണ് അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തെ ഇതി അസുരാഹ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അതിൽ സത്യം കണ്ടെത്തുന്നവർ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അവരാണ് അസുരന്മാർ അവരതിനെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു മായയാ മായയാൽ അപഹൃതജ്ഞാനാഹ ജ്ഞാനം അപഹരിക്കപ്പെട്ടവർ ദുഷ്കൃതിനഹ ദുശ്ചേതികളുടെ ഉടമകളാണ് അവർ മൂടാഹ ഭഗവാൻ അവർക്കിട്ട പേരാണ് മൂടാഹ മൂടന്മാർ നരാധമാഹ അവര് മനുഷ്യന്മാരെ ആ അധമന്മാര് മനുഷ്യാധമന്മാര് മാം എന്ന പ്രപദ്ധ്യന്തേ അവരെന്നെ പ്രാപിക്കുന്നില്ല ആർക്കാണ് പ്രാപിക്കാൻ പറ്റാത്തത് ഇതാ ഇങ്ങനെയുള്ളവർക്കാണ് എന്നിട്ട് ഭഗവാൻ നാല് വിധത്തിലുള്ള ഭക്തന്മാരെ പറഞ്ഞു ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് തുടർന്ന് ഇതാ ഭഗവാനിവിടെ പറഞ്ഞു എന്താണ് ബഹുനാം ജന്മനാമന്ത് ജ്ഞാനവാൻ മാം പ്രപദ്ധദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ ദുർലഭനായിട്ടിരിക്കുന്നവനാരാണ് ഇതാ ഇവിടെ വാസുദേവ സർവമേ ഒന്ന് രണ്ട് എഴുത്തുകളൊക്കെ എന്താ പറയുക കത്തുകൾക്കൊക്കെ മറുപടി കുറേ എഴുത്തുകൾ ചോദിച്ചിരുന്നു പല പല എഴുത്തുകളുണ്ടായിരുന്നു ആ എഴുത്തുകളുടെ ഇന്നലെ സ്വാമി കുറച്ച് എഴുത്തുകളൊക്കെ നോക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നലെ സ്വാമിജിയുടെ തപവന സ്വാമികളുടെ പ്രേമപൂർവം സ്വാമി വായിക്കാനെടുത്തത് സ്വാമി ഒരു കത്ത് ജസ്റ്റ് ഒന്ന് വായിക്കാം തപവൻ സ്വാമികളുടെ വളരെ ഗംഭീരായിട്ടുള്ള എഴുത്തുകളായിരുന്നു പതിനെട്ട് എഴുത്തുകൾ പതിനെട്ട് അധ്യായത്തെ സംഗ്രഹിക്കുന്നതാണ് ഭഗവത്ഗീതയും ഉപനിഷത്തും ഗൃഹത്തിലിരിക്കുന്നവൻ വനത്തിലിരിക്കുന്നവനെ പോലെ ആചരിക്കരുത് നമുക്കൊക്കെ അങ്ങനെയുണ്ട് കുറച്ചിത് കേട്ട് കഴിഞ്ഞാൽ കാരണം നിങ്ങൾ നാളെ പോയി കഴിഞ്ഞ കാവ്യമൊക്കെ കൊടുത്ത് ഈ വലിയ ഭസ്മക്കുറിയൊക്കെ തൊട്ട സ്വാമിക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അതെ ഗൃഹത്തിലിരിക്കുന്നവൻ വനത്തിലിരിക്കുന്നവനെ പോലെ ആചരിക്കരുത് ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ അതിനു മറുപടി പറയുക അതുപോലെ ഭർത്താവ് എന്തെങ്കിലും ചോദിച്ചാൽ അതിനു മറുപടി പറയാ എല്ലാറ്റിനും ശിവോഹം ശിവോഹം ആവരുത് നീ ആരാണ് മനസ്സിലായില്ല അപ്പം എന്താ നാഹം മനുഷ്യോ നജദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രഹ്മചാരി ഗൃഹീ വനസ്ഥ അസ്താമലകിന് ചേരുവത് നമുക്കും വേണം നമ്മുടെ ഉള്ളില് അതുകൊണ്ട് ഇത് തപോവനസ്വാമികളാണ് പരമവൈരാഗി ആ ഹിമവത് വിഭൂതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തപോവനസ്വാമികളാ പറയണത് നമുക്ക് അയച്ച എഴുത്തായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം എന്ന് പറയാം ഈ എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഴുത്ത് എന്തായിരുന്നു എന്ന് മനസ്സിലാവും മറുപടി അപ്പൊ സ്വാമിജി പറയണ്ണം ഗൃഹത്തിലിരിക്കുന്നവൻ വനത്തിലെ വനത്തിലിരിക്കുന്നവനെ പോലെ ആചരിക്കരുത് വനത്തിലിരിക്കുന്നവൻ ഗൃഹസ്ഥന്മാരെ പോലെയും ആകരുത് ഇത് വനത്തിലിരിക്കുന്നവനും നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ള വനത്തിൽ പോയി കഴിഞ്ഞാലുള്ള നിർദ്ദേശമാണ് ഇത് വലിയൊരു ശാസ്ത്ര സിദ്ധാന്തമാണ് ഗൃഹസ്ഥന്മാർ ഗൃഹോചിതമായ കാര്യങ്ങളെല്ലാം ചെയ്യുക തന്നെ വേണം ഗൃഹത്തിൽ ഇരുന്നു സന്യാസിയെ പോലെ ആചരിക്കുന്നത് സാധ്യമല്ല നല്ലതുല്ല അത്യാവശ്യം കാവ്യമുണ്ടോ കൊടുത്തുള്ളൂ പക്ഷേ അതിലധികമാവരുത് എന്ന് പറയും വിവേകവും വൈരാഗ്യവുമുള്ള ഗൃഹസ്ഥൻ ഭോഗേച്ഛയോടുകൂടിയല്ല സ്വധർമ്മം എന്ന നിലയിൽ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നു ഇപ്പൊ കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം ബോഗേച്ച ഭോഗേച്ചയോട് കൂടിയിട്ടല്ല എന്ന് പറയാം ഒരു വിവേകിയായ ഗൃഹസ്ഥൻ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് സ്വധർമാനുഷ്ഠാനത്തിനു വേണ്ടിയാണ് വിഷയങ്ങളെ നമുക്ക് സമീപിക്കാം എന്തിനു വേണ്ടി എന്ന നിലയിൽ സ്വഭോഗത്തിന് വേണ്ടിയല്ല പുറമെ ഒരു സംസാരിയെ പോലെ വിവേകിയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനായി പ്രതീ പ്രതീതമാകാമെങ്കിലും അവരുടെ മനോഭാവത്തിൽ വലിയ ഭേദമുണ്ട് വലിയ ഭേദമുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കർമ്മത്തിലെന്ന് പറയാം എന്നിട്ട് സ്വാമിജി ഉദാഹരിക്കുന്നു യാജ്ഞവൽക്യനും വശിഷ്ഠനും ഗൃഹസ്ഥാശ്രമി ഗൃഹസ്ഥധർമ്മികളായിരുന്നു വൈരാഗ്യജ്ഞാനനിധികളെങ്കിലും അവർ ഗൃഹസ്ഥധർമ്മങ്ങളെ ഉപേക്ഷിക്കാതെ അനുഷ്ഠിച്ചുകൊണ്ടുവന്നു യാജ്ഞവൽക്യൻ ഇങ്ങനെ പറയുക പതിവായിരുന്നു വിശേഷിച്ച് വിക്ഷേപം തോന്നുന്ന അവസരങ്ങളിൽ എത്രയെത്ര പേരെ ഞാൻ ബ്രഹ്മവിദ്യ ഉപദേശിച്ച് ജ്ഞാനികളാക്കി തീർത്തു ആര് പറയുന്നത് അപ്പൊ നമുക്കിതിൽ സ്വാമിജി വളരെ നന്നായിട്ട് പറഞ്ഞു തരികയാണ് ശിഷ്യന്മാരായ എത്രയെത്ര സന്യാസികളും അവതൂതന്മാരും ദിഗംബരന്മാരും ബ്രഹ്മസമാധിയിൽ നിമഗ്നരായി ആനന്ദിക്കുന്നു എന്നാൽ എന്റെ പ്രാരബ്ധം ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് നാനാ വിക്ഷേപങ്ങളും അനുഭവിക്കുവാനാണ് യോഗവാസിഷ്ഠത്തിന്റെ ഉപദേഷ്ടാവായ വസിഷ്ഠനെ പോലും ശുക്ല യജുർവേദത്തിന്റെ ദ്രഷ്ടാവായ യാജ്ഞവൽക്കനെ പോലും ജ്ഞാനികളായ വേറെ വേറെ ആരുണ്ടായിരുന്നു അത്രയും ജ്ഞാന സമുദ്രങ്ങൾ വസിഷ്ഠൻ അരുന്ധതിയോടും യാജ്ഞവൽക്യൻ മൈത്രേയി കാത്യായനി എന്ന രണ്ടുപേരോടുകൂടി ഗൃഹസ്ഥോചിതമായ കർമ്മങ്ങളെ ലീലാന്യായേന നിർവഹിച്ചുകൊണ്ടിരുന്നു അപ്പൊ നമുക്കൊരു യാജ്ഞവൽക്കനാവാൻ സാധിക്കും എന്ന് പറയാം ഭാര്യയോട് ഈ ധർമ്മങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വാമിജി ഈ പ്രണവോപാസനയെക്കുറിച്ച് ഈശ്വരോപാസനയെക്കുറിച്ച് എല്ലാം വളരെ വളരെ വളരെ നല്ല എഴുത്തുകളാണ് ഈ പതിനെട്ട് എഴുത്തുകൾ ഒരു കത്ത് മിനിമം അഞ്ച് പ്രാവശ്യമെങ്കിലും വായിച്ചാലേ മനസ്സിലാവുള്ളൂ കാരണം തപോവനസ്വാമികളുടെ എഴുത്ത് അത്രയും ഗംഭീരമാണ് പറയുന്നുണ്ട് ഇവിടെ ശരിക്കും എഴുതാൻ എനിക്കൊരു പേ പത്രം പോലും ഇല്ല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 എന്തായാലും ഇതൊക്കെ കൂടെ അങ്ങോട്ട് ചോദിച്ചു അതിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയ നിയതാത്മവിഹി ഭഗവാനെ ഈ ലോകത്ത് അതിയജ്ഞൻ ആരാണ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് മരണസമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക ഇങ്ങനെ എങ്ങനെ അറിയും ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത് എട്ടാം അധ്യായത്തിലെ ഈ എന്താ ഈ ഭാഗങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അക്ഷരം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു എന്താണ് അക്ഷരം അല്ലേ അക്ഷാംശ രേഖാംശങ്ങളിൽ അകാരാദി ശകാരാന്ദ്യം വരെയുള്ള അക്ഷങ്ങളിൽ ലയിച്ചിരിക്കുന്നതേതോ ആ അക്ഷയ തത്വത്തെയാണ് അക്ഷരം ബ്രഹ്മം എന്ന് പറയാം